അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം നിങ്ങൾക്ക് ചിലർക്ക് ചില ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും ആദ്യ പറയട്ടെ ഇപ്പൊ ഈ ശ്രോതാക്കളായി ഇരിക്കുന്നതിൽ തുടക്കക്കാരുണ്ടാവും അതുപോലെ കുറേ മുന്നോട്ട് പോയിട്ടുള്ളവരുണ്ടാവും വളരെ ആഴത്തിലറിഞ്ഞവരുണ്ടാവും പിന്നെ ഇന്ന് ഭഗവത്ഗീതയെ സംബന്ധിക്കുന്ന എത്ര വ്യാഖ്യാനങ്ങളുണ്ടോ അതൊക്കെ വാഹിച്ച് വീട്ടില് സ്റ്റോക്ക് ഉള്ളവരുണ്ടാവും പിന്നെ സ്വാമി എന്താ പറയുന്നത് അതൊന്നും നോക്കാം പല ചിന്താഗതിക്കാരുണ്ട് എന്ന് പറയാം അപ്പം ഈ ചില വ്യാഖ്യാനങ്ങൾ ഇപ്പൊ സ്വാമി നിങ്ങൾ മനസ്സിലാക്കണം അത്യാവശ്യ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പം വിശ്വരൂപം വിശ്വരൂപത്തെക്കുറിച്ചൊക്കെ പല ധാരണകളുണ്ട് നമ്മൾ നമ്മുടെ വളരെ തുറന്ന് വളരെ പ്രേമപൂർവം സ്നേഹപൂർവം പറയട്ടെ ഭഗവത്ഗീത ഒരു ബുദ്ധിപരമായിട്ട് ഉൾക്കൊണ്ട് വെറുതെ ഒരു തലക്കനം ഉണ്ടാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് ഏതെങ്കിലും പ്രകാരത്തിൽ നമുക്ക് ഗുണപരമായിരിക്കണം നമ്മുടെ പ്രവൃത്തിയെ കൊണ്ട് മറ്റുള്ളവനൊരു ദോഷം ഇല്ലാത ഇല്ലാത്ത വിധത്തിലാണെങ്കിൽ ഗീത നമ്മെ അനുഗ്രഹിച്ചു എന്ന് പറയാം അല്ലാതെ നമ്മളിത് പഠിച്ച ഒരു പരീക്ഷ എഴുതാൻ പോകണ്ടില്ല ഇല്ല അപ്പം പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇപ്പോ വിശ്വരൂപം ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള രൂപമല്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അങ്ങനെ ഒരു അഭിപ്രായം ഇങ്ങനെ പലതുമുണ്ട് വിശ്വരൂപത്തെ സംബന്ധിച്ചിട്ട് പക്ഷേ വിശ്വരൂപം എന്ന് പറയുമ്പം തന്നെ അത് പൂർണ്ണമാണെന്ന് വിശ്വം എന്ന് പറഞ്ഞാൽ പൂർണ്ണം എന്നാണ് പൂർണ്ണമായ ഭാവം തന്നെയാണ് ഭഗവാന്റെ അതിൽ സംശയമൊന്നും വേണ്ട അതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് വിശ്വരൂപം എന്ന് പറയുമ്പം നമുക്ക് ഏതൊരു സംസ്കാരത്തെയാണ് വിശ്വരൂപം തരുന്നത് ഇതിനാണ് സ്വാമി ഒന്നിൽ നൽകുന്നത് ഒരു തുള്ളി ജലത്തിൽ സമുദ്രത്തെ കാണാൻ പോകുന്ന ദർശന പാടവം അല്ലാതെ പറയാണ് ഇപ്പൊ ഏയ് സമുദ്രത്തിലെ മുഴുവൻ ജലവും കണ്ടാലേ ഒരുവൻ സമുദ്രത്തെ ബോധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സാധ്യമല്ല ഉണ്ടോ നടക്കുക നടപ്പില്ല എന്ന് പറയാ അതുകൊണ്ട് ഒരു തുള്ളി ജലത്തിൽ സമുദ്രത്തെ കാണാനുള്ള ഒരു ആഴം അതിനെയാണ് ഭഗവാൻ എന്തു പറഞ്ഞത് ദിവ്യം ദദാമി തേ ചക്ഷു ഈ നേത്രം ഭഗവാൻ വിശ്വരൂപത്തിൽ കൊടുക്കുന്നത് ഇതാണ് ഇതാണ് നമ്മൾ മേടിക്കേണ്ടത് ഈ വിഷയത്തിൽ നിങ്ങൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് സ്വാമി ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇന്നലെ കണ്ട സൂര്യനായിരിക്കില്ല ഞാൻ വിശ്വരൂപത്തിൽ കാണുമ്പോൾ മാറ്റമുണ്ടെങ്കിൽ ആ ചക്ഷുസ് ഭഗവാൻ തന്ന നേത്രം പ്രവർത്തിച്ച് തുടങ്ങി എന്ന് നമുക്ക് കാണാം അല്ലാതെ ഇവിടുന്ന് പറയുന്നത് കുറച്ച് എഴുതിയെടുത്തു പിന്നെ അത് വേറൊരു പുസ്തകത്തിൽ നോക്കി അതിലിങ്ങനെ ഇല്ലല്ലോ ഇതിലിങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ പലതും പറയുന്നതിൽ നമ്മളോട് പറയും ചിന്മയാൻ സ്വാമികളുടെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ കാണുന്നില്ലല്ലോ പിന്നെ സ്വാമി പറയുന്ന വ്യാഖ്യാനം അതെ അതെ അതൊന്നും ഇങ്ങോട്ട് തരും പലത് പറയാൻ നമുക്കൊരു താല്പര്യമാണ് അതൊരു അമ്മ വന്നിട്ട് പറഞ്ഞു സ്വാമിജിയാ സദാശിവസമാരംഭം ഞാൻ എഴുതിയെടുത്തു പിന്നെ സ്വാമി എന്തോ അങ്ങനെ അതും കൂടെ അത് കിട്ടിയാലോ അല്ല അത് എന്താണെന്ന് അറിയാൻ നമ്മൾ പറഞ്ഞാൽ അതിലൊന്നുമില്ല വെറുതെ ഇങ്ങനെ അപ്പൊ വെറുതെ ഇങ്ങനെ അത് അത്രയേ ഉള്ളൂ അപ്പൊ അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ നമ്മളും സ്വകാര്യയാക്കി വെക്കണ്ടേ അല്ലേ നമുക്കും കഴിഞ്ഞു പോകണ്ടേ എന്ന് പറയാം അപ്പൊ അതിന്റെ ഒരു രീതി നമ്മളൊന്ന് മാറ്റേണ്ടതുണ്ട് നമ്മൾ ആലോചിക്കാറുണ്ട് വിനോബാജിയുടെ അമ്മ വിനോബാജിയോട് എനിക്ക് ഗീത മനസ്സിലാക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒന്നാണ് വിനോബാജി കുറേ വ്യാഖ്യാനങ്ങളും മേടിച്ചു എന്നിട്ട് അതൊന്നും അമ്മയ്ക്ക് ബോധ്യാവില്ല എന്നിട്ട് പറയാം വിന്യാ നീ തന്നെ എനിക്ക് പറഞ്ഞതാ എന്ന് എന്താ അമ്മയ്ക്ക് ഇവരില്ലേട്ട അല്ല എന്ന് പറയാം അമ്മയ്ക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് പറയാം സ്വാമിയുടെ ഉദ്ദേശം ഇതാണ് നിങ്ങൾ ഗീതയായിട്ട് മാറണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു തനത് വ്യാഖ്യാനം സൃഷ്ടിക്കാൻ സാധിക്കണം വല്ലവരുടെയും ഫോട്ടോ കോപ്പി ആവരുത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ മന്ത്രങ്ങളെ ആവാഹിച്ച് ആ മന്ത്രത്തെ നമുക്ക് നമ്മുടെ ഒരു ഗീത നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം എന്തുകൊണ്ട് ഗീതയ്ക്ക് ഇത്രയധികം വ്യാഖ്യാനങ്ങളുണ്ടായി ഇത് തന്നെയാണ് അതിൻ്റെ കാര്യം എന്തുകൊണ്ട് ഇത്രയധികം ഉണ്ടായി വേറെ ഒരു കൃതിക്കില്ലല്ലോ ഇത്ര ഇപ്പോഴും പലരും വ്യാഖ്യാനം രചിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് തന്നെയാണ് ഈ യജ്ഞശാലയിൽ നിന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞത് എം ബി ബി എസിന് വിശ്വരൂപ ദർശനം പഠിപ്പിക്കേണ്ടതുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലേ അപ്പൊ അവരെ അതിനെ ആ രീതിയിൽ എഴുതാൻ തുടങ്ങുകയാണെങ്കിലോ അപ്പൊ അതിനനന്തമായ വഴികളുണ്ട് അല്ല ഒരാൾ പറ അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ കേട്ടിട്ടില്ല എലികളെല്ലാം കൂടെ ഒത്തുകൂടും അങ്ങനെ എലികളൊത്തുകൂടിയിട്ട് അവർ പറയും പൂച്ചകൾ വലിയ പ്രശ്നക്കാരാണ് അതുകൊണ്ട് പൂച്ചയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റും അങ്ങനെ അവസാനം ഒരു എലി പറഞ്ഞു മണികെട്ട അല്ലേ അപ്പൊ പൂച്ച ആര് മണികെട്ടും അതോടുകൂടി സമ്മേളനം അവസാനിക്കും ഇത്ര വർഷമായിട്ട് ഇങ്ങനെയാണ് സമ്മേളനം നടന്നുകൊണ്ടിരുന്നത് എല്ലാ വർഷവും ഒരു വർഷം ഒരു എലി പറഞ്ഞു അതിന് പണിയുണ്ട് അപ്പൊ ബാക്കിയുള്ള എലികൾക്കൊക്കെ പ്രശ്നമായി ഏ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇവിടെ സമ്മേളനം അവസാനിക്കണമെന്ന് പറയാം അപ്പം മറ്റേ എലി പറഞ്ഞു അല്ല അതിന് വഴിയുണ്ട് എന്താ വഴി ഞാൻ ഈയിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി എന്ന് പറയാം അവിടെ ഉറക്കുകുളികയുണ്ട് ഞാനത് കൊണ്ടിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ആ കണ്ടൻ പോയിച്ചാ പാല് കുടിക്കണത് അത് നമുക്ക് പാലിൽ കലർത്തണം എന്നിട്ടോ അവൻ കുടിക്കും മയങ്ങിക്കിടക്കും അപ്പം മണികെട്ടാ എന്ന് പറയാം ഒരു സാധ്യതയുണ്ട് എന്ന് പറയാം പക്ഷെ നമ്മൾ കഥയെ അവസാനിപ്പിക്കരുത് എവിടെ ആര് മണികെട്ടും എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് വിശ്വരൂപത്തെ അതിൻ്റെ അർജുനൻ ഏതൊരു ഭാവത്തിലാണോ കണ്ടത് ആ ഭാവത്തോടുകൂടി അതേപോലെ ഒന്നും വേണമെന്നില്ല നമുക്ക് എന്താണ് നമുക്കേത് പ്രകാരത്തിൽ ഈ വിശ്വരൂപം നമ്മുടെ ഉള്ളിൽ ഏതൊക്കെ ചിന്താ തരംഗങ്ങളെ സൃഷ്ടിക്കുന്നു നമ്മുടെ എന്താ അന്വേഷണത്തെ ഏത് പ്രകാരത്തിലുള്ള അന്വേഷണമാണ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത് നമ്മുടെ സമീപനം എന്താണ് എന്തൊക്കെ ചിത്തവൃത്തികൾ ഉണ്ടാകുന്നു നോക്കുക അർജുനൻ ചോദിച്ചു ഭഗവാനെ അങ്ങ് ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല അങ്ങേയെ ഞാൻ ഇതാ വീണ്ടും വീണ്ടും അങ്ങേക്ക് നമസ്കാരങ്ങളെ അർപ്പിക്കുന്നു ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ആ അർജുനൻ ഇവിടെ പറയുന്നത് അങ്ങാണ് വായു അങ്ങാണ് കാലൻ അങ്ങാണ് അഗ്നി അങ്ങാണ് വരുണൻ ചന്ദ്രൻ ബ്രഹ്മാവ് എല്ലാം അങ്ങ് തന്നെ അങ്ങേക്ക് വീണ്ടും വീണ്ടും എന്റെ നമസ്കാരങ്ങൾ ഇതുവരെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് പലർക്കും ഒരു ധാരണയുണ്ട് ഈ ശാസ്ത്രം ചിരിക്കാനുള്ളതല്ല പക്ഷെ അവരോട് പറയട്ടെ ഭഗവാൻ രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ പ്രഹസൻ ഇവ ഭാരത ഒരു ചെറു ചിരിയോടുകൂടിയാണ് ഭഗവാൻ ഇതിനെ ഏറ്റെടുക്കുന്നത് ഭഗവാൻ ഇതിനെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് അത്ര ഗൗരവക്കാരാവാൻ നിങ്ങളൊരു പട്ടാള ട്രെയിനിങ്ങോ ഒന്നുമല്ല നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ ആ അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ എന്താ പറയുക സ്വീകരിക്കുക നമുക്കതിൽ നോക്കാം എന്താ മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാ പുരസ്തഥ പൃഷ്ടസ്തേ നമോസ്തുതേവ സർ അനന്ത വിക്രമസ്വം സമാനോഷി തോസി അർജുനൻ വീണ്ടും അർജുനന്റെ ഭഗവാനോടുള്ള ആ ഒരു അങ്ങേയറ്റത്തെ കൃതജ്ഞത അർജുനൻ പ്രകടിപ്പിക്കുന്നു പറയണു നമ പുരസ് അത പൃഷ്ടേ നമ അസ് തേദ അനന്തീര അനന്തവീര വിക്രമ ം സമാനോതി തത സർ അസിം സമാനോഷി തത അസി പറയേണുരസ് അല്ലയോ ഹേ സർവ അല്ലയോ പരമാത്മാവേ ഭഗവാനെ വിളിക്കുക ഹേ സർവ അല്ലയോ പരമാത്മാവേ സകല സകലത്തിൻ്റെയും ആത്മാവായി നിലകൊള്ളുന്നവൻ പുരസ്താദ് മുൻപിലും പൃഷ്ഠതഹ പിൻപിലും തേ നമഹ അങ്ങേക്ക് എന്റെ എല്ലാ പ്രകാരത്തിലുമുള്ള നമസ്കാരം അതായത് അർജുനൊരു സംശയം എവിടെയെങ്കിലും ഒഴിഞ്ഞുപോയോ എന്ന് അതുകൊണ്ട് എൻ്റെ നമസ്കാരം അങ്ങേക്ക് എല്ലാ ഭാഗത്തും ചുറ്റിലും നമസ്കാരം എന്ന് പറയാം അത സർവത ഹേവ മാത്രമല്ല എല്ലായിടത്തും തേ നമഹ അസ്തു അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരത്തെ ഭവിക്കട്ടെ ഇതെത്ര ഈ നമസ്കാരം അർജുനന് അറിയുന്നില്ല എന്ന് പറയാം എത്ര നമസ്കരിക്കണം എത്ര നമസ്കരിച്ചിട്ടും അർജുനന് മതിയാകുന്നില്ല ഇതേതുപോലെയാണ് എന്നാണെങ്കിൽ ഈ ചെറിയ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ബനാന എന്ന് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ബി എ എൻ എൻ എൻ എത്ര എൻ എ വേണമെന്ന് അറിയില്ല അവർക്ക് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും എൻ എ എൻ എൻ എവിടെയാ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് ചിലപ്പം കുട്ടികൾ പിടികിട്ടില്ല ഇതുപോലെ അർജുനന് എവിടെയാ നമസ്കാരം നിർത്തേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് പറയും അനന്തവീര്യ അനന്തവീര്യാമത വിക്രമ അനന്തമായിട്ടുള്ള വീര്യത്തോടുകൂടിയിട്ടുള്ള അതി വിക് വിക്രമനായിട്ടുള്ള അങ്ങേക്ക് ത്വം സർവം സമാപ്നോഷി അങ്ങ് ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായിട്ട് പ്രാപിക്കുന്നവനാണ് തഥ അതുകൊണ്ട് സർവ അസി എല്ലാം അങ്ങാകുന്നു അപ്പൊ നോക്കുക ആർക്കെങ്കിലും അർജുനൻ എന്താ പറയുക ഈ വിഷരൂപം അപൂർണമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ വ്യാസൻ വ്യാസഭഗവാൻ അർജുനനിലൂടെ അർജുനൻ കണ്ട ഭഗവാൻ പൂർണ്ണനായിട്ട് തന്നെയാണ് ഇവിടെ പറയണതെന്ന് പറയുക അങ് എങ്ങനെയാണ് അങ് സർവ അസി സർവ എന്നുള്ളത് ഒന്നൊഴിയാതെ പെട്ടു പിന്നെ ഏതെങ്കിലും അതിനെ മാറ്റി നിർത്താനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് സർവ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് എല്ലാ പ്രകാരത്തിലും എല്ലാം ആയി നിലകൊള്ളുന്നു തുടർന്ന് അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച സഖേതി പ്രസഭം യദൂക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാമഹിമാനം തവേദം മയാ പ്രമാണയനവാപീ യാവസൃതീ വിഹാരശയാസന ഭോജനേഷു ഏകോധവാപ്യുതമയേ പ്രമേയം നമ്മൾ കഴിഞ്ഞ ഈ എന്താ വിശ്വരൂപദർശന യോഗത്തിന്റെ അതിന്റെ ആരംഭത്തിൽ ആരംഭം എന്ന് പറഞ്ഞാൽ കുറച്ച് മുൻപിലേക്ക് അർജുനന്റെ ഈ കാഴ്ചപ്പാടിനെ അർജുനൻ ഭഗവാനുമായിട്ട് എന്താ പറയുക ചേർത്ത് വെക്കുന്ന സമയത്ത് ഭഗവാനോട് പറയുന്ന സമയത്ത് കണ്ടു ഭഗവാൻ ഒരു നിമിത്തമാണ് അതുപോലെ ഭാഗവതത്തിലും ഭഗവാൻ നിമിത്തമായിട്ട് ആർക്ക് കാണിച്ചു കൊടുക്കുന്നു അമ്മയ്ക്ക് തൻ്റെ വായിക്കകത്ത് കാണിച്ചു കൊടുക്കുന്നു ഈ ഭഗവാൻ നിമിത്തമായി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഇവിടെ അങ്ങനെയാണ് വ്യാസൻ ഇതിനെ അവതരിപ്പിക്കുന്നത് ശ്രദ്ധിക്കാം അങ്ങനെ ഭഗവാൻ എന്നൊരാൾ ഒരു കാലത്ത് നിമിത്തമായി അർജുനന്റെ മുൻപിൽ വന്ന് നിന്നു കൊടുത്തു പക്ഷേ ഇന്ന് നിമിത്തമായി ആര് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം വരുന്നുവെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഇതം സർവമീശാവാസ്യം ഇതിലേതും എനിക്ക് നിമിത്തമാകാം നിമിത്തമാകാൻ യോഗ്യമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ഞാൻ അനുവദിക്കുന്നുവെങ്കിൽ കൊതുകിന് പോലും ദർശനം കാണിച്ചു പറ്റും എന്ന് പറഞ്ഞത് ഓർക്ക് ഒരു കരിയില വിഴുന്നത് തന്നെ ധാരാളം മനസ്സിലായി മനസ്സിലായല്ലോ അത് മനസ്സിലാക്കി വെക്കണം അപ്പം അർജുനൻ അവിടെ ഭഗവാനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ അതിന് നല്ലൊരു നിമിത്തമായി നിന്നു ഏതുപോലെ മിന്നൽ പിണരിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഒന്നിച്ച് ജലഗണം വിഴുന്നത് പോലെ ഇനി ഇവിടെ നോക്കുക ഇനി അർജുനൻ ഒരു ക്ഷമാപണം നടത്തുക ക്ഷമാപണം എന്ന് പറഞ്ഞാല് ഞാൻ തെറ്റിദ്ധരിച്ചു അങ്ങയെ ഇതും നമുക്ക് സ്വീകരിക്കാവുന്ന ഒന്നാണ് പറയണോ എന്താ പറയണത് ഹേ അച്യുത അല്ലയോ ച്യുതിരഹിതനായിട്ടുള്ള നാശരഹിതനായിട്ടുള്ള ഹേ ഭഗവാനെ തവ ഇതം മഹിമാനം അജാനത മയാ സകാ ഇതി മത്വ പറയുന്നു ഇതം അങ്ങയുടെ ഈ മാഹാത്മ്യത്തെ അനന്തമായ ഈ ഐശ്വര്യത്തെ മാഹാത്മ്യത്തെ അജാനത മയാ അറിയാത്ത ഞാൻ ഞാനിത് അറിഞ്ഞിട്ടില്ലായിരുന്നു തൊട്ട് മുൻപ് വരെ അറിയാത്ത ഞാൻ സകാ ഇതി അങ്ങയെ ഞാൻ സ്നേഹിതനാണ് എന്ന് വിചാരിച്ചു ആദ്യത്തെ തിരിച്ചറിവ് അർജുനിലുണ്ടാകുന്നത് ഇതാ ഈശ്വരൻ വ്യക്തിയല്ല എന്നുള്ളതാണ് അതായത് അങ്ങയെ ഞാൻ സുഹൃത്ത് അതായത് കുറച്ച് മുൻപിലേക്ക് വന്നാൽ കാര്യം നന്നായി മനസ്സിലാവും അപ്പൊ അങ്ങയെ ഞാൻ സുഹൃത്തായിട്ട് ധരിച്ചു പക്ഷേ അതെന്താണ് തെറ്റി തെറ്റിപ്പോയി എന്ന് പറയാം ഞാൻ സകാ ഇതിമത്വ എന്ന് വിചാരിച്ചിട്ട് പ്രമാദാത് പ്രമാദാത് എന്റെ പ്രമാദം കൊണ്ട് വേണ്ടത്ര ശ്രദ്ധയില്ലാതെ കരുതലില്ലാതെ അങ്ങയോട് എന്തൊക്കെയാ പറഞ്ഞത് പറയണു പ്രണയേനവാ അഭി ഇനി സ്നേഹം കൊണ്ടോ എന്റെ തെറ്റുകൊണ്ടോ അതോ അങ്ങയോടുള്ള സ്നേഹം കൊണ്ടോ ഞാൻ ചിലതൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് പ്രസവം പ്രസവം എന്ന് പറഞ്ഞാൽ അലക്ഷ്യമായി കൂട്ടാക്കാതെ എപ്പോഴൊക്കെയാണ് വിഹാരശയ്യാസന ഭോജനേഷു കളി അതുപോലെ കിടക്കുന്ന സമയത്ത് അതുപോലെ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണാദികളൊക്കെ കഴിക്കുന്ന സമയത്ത് പിന്നെയോ ഏകഹ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പറയുന്നു അഥവാ അല്ലെങ്കിൽ തത് പലരുടെയും മുൻപിൽ എന്താണ് അവർ അവഹാസാർത്ഥം അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടി തമാശയാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ഞാൻ പറഞ്ഞു ഹേ കൃഷ്ണ ഹേ കൃഷ്ണ എന്ന് പറഞ്ഞു പിന്നെയോ ഹേ യാദവ ഹേ യുവംശത്തിൽ ജനിച്ചവനേ എന്ന് ഞാൻ പറഞ്ഞു ഹേ സഹേ അല്ലയോ സഖാവേ സുഹൃത്തെ എന്ന് പറഞ്ഞു ഇത് അസഹൃത ഇതെന്താണ് ഒരു ബഹുമാനമില്ലാതെ ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെയോ പറയണു യത് വെച്ച തത് അതെല്ലാം അപ്രമേയം അപ്രമേയം ത്വാം അഹം ക്ഷാമയെ അപ്രമേയനായിട്ടുള്ള അങ്ങയോട് അതായത് അളക്കാൻ പറ്റാത്തവനായിട്ടുള്ള അങ്ങയോട് ഞാൻ ഇതാ അഹം ക്ഷാമയെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കണമെന്ന് എന്താ ഇതിന്റെ താത്പര്യം അർജുനൻ ഈ പറയുന്നതില് ഒന്നാമത്തെ തിരിച്ചറിവ് നമുക്ക് വേണ്ടത് ഈശ്വരൻ വ്യക്തിയല്ല എന്നുള്ളത് വ്യക്തി എന്ന നിലയില് മാത്രമേ ഈശ്വരനുമായിട്ട് നമുക്ക് എന്ത് സാധ്യമാകൂ സംവാദം സാധ്യമാകൂ വ്യക്തികള് വ്യക്തികള് തമ്മിലാണ് സംവാദം ഈശ്വരൻ തമ്മില് സംവാദം ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് ഗീത ഒരു സമയത്ത് പല ആചാര്യൻ പല ആചാര്യന്മാരും അതില് ഒരാചാര്യൻ പറയുന്നത് ഭഗവത്ഗീത അർജുനനുമായിട്ട് മൗന സംവാദമാണ് നടന്നത് എന്ന കാരണം ഇവിടെ അർജുനൻ അറിയുന്നത് ഭഗവാനെ ഭഗവാന്റെ ദിവ്യ ദിവ്യത്വം എന്ന് പറയുന്നത് ദൈവികതയായിട്ടാണ് ഭഗവാൻ ഭഗവാനെ അർജുനൻ അനുഭവിക്ക അനുഭവിച്ചു എന്ന് പറയാം അതൊരു പ്രത്യേകതര അനുഭവമായിരുന്നു അതുകൊണ്ട് നാം നമ്മുടെ സുഹൃത്തായിട്ട് ഭർത്താവായിട്ട് മകനായിട്ട് കുട്ടിയായിട്ട് ഒക്കെ കരുതിയിട്ടുള്ളതുണ്ടല്ലോ പലരും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഇതുണ്ടായിട്ടുണ്ട് ഒരിക്കൽ തിരിച്ചറിയാം നമ്മൾ എന്ത് ഇതല്ല നീ എന്ന് ഏതൊരാൾക്കും ഇതൊക്കെ തന്നെ പറയേണ്ടി വരും അർജുനന് കൃഷ്ണനോട് പറയേണ്ടി വന്നു ഇപ്പൊ ശ്വേതകേതുവിന് ഉദ്ദാലകനോട് ഇത് തന്നെ പറയേണ്ടി വരും കാര്യം മനസ്സിലായി കഴിഞ്ഞ മൈത്രേക്ക് യാജ്ഞിവൽക്കനോട് പറയാതിരിക്കാൻ പറ്റില്ല അതുപോ അതുപോലെ തന്നെയാണല്ലോ ഇവിടെ ഭാഗവതത്തിൽ നിങ്ങൾ ഇതൊക്കെ ഇനി കാണും കപിലനും അമ്മയും തമ്മിലുള്ളതില് അതില് അമ്മയും മകനും തമ്മിലുള്ള ബന്ധമൊക്കെ വേർപിടും അവിടെ ഈ ഉപദേശം നടക്കുന്ന സമയത്ത് അപ്പം അർജുനൻ എന്താ എല്ലാ ഒരു അംഗയുമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ സാധ്യത തന്നെ എന്തൊക്കെ സംവാദങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ടോ അതൊക്കെ അപ്രസക്തമാണെന്ന് പറയാം അർജുനൻ എന്താ എല്ലാ ഒരു അംഗയുമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ സാധ്യത തന്നെ എന്തൊക്കെ സംവാദങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ടോ അതൊക്കെ അപ്രസക്തമാണെന്ന് പറയാം അതാണ് ഇവിടെ തുറന്ന് പറയുന്നത് കാരണം ഞാൻ മുമ്പ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അങ്ങയോട് സ്നേഹം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കരുതലില്ലായ്മ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ സംഭാഷണങ്ങളും അങ്ങയെ ഞാൻ അറിഞ്ഞതോ അറിഞ്ഞതോടുകൂടി വ്യർത്ഥമാണ് എന്ന് ഞാൻ അറിയുന്നു അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാല് സാന്നിധ്യമാണ് എന്ന് പറയാം ആ സാന്നിധ്യവുമായിട്ട് സംസാരമൊന്നുമല്ല ആ സാന്നിധ്യത്തെ അനുഭവിക്കുകയാണ് വേണ്ടത് അത് വാക്കുകൾക്കും മറ്റും അതിൻ്റെയൊക്കെ അപ്പുറത്താണ് എന്ന് പറയാം അത് അർജുനൻ ഇവിടെ ഭഗവാന്റെ മുൻപിൽ എന്നോട് ക്ഷമിച്ചാലും എന്ന് പറയാം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കും പറയാം എന്ന് ഭഗവാനോട് എന്താണ് ഞാൻ അങ്ങയോട് അത് തരണേ ഇത് തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ആരാണങ്ങ് അങ് സാന്നിധ്യമാണ് ഈ സാന്നിധ്യത്തിൽ എനിക്ക് എന്ത് എനിക്ക് ജീവിക്കാം എന്ന് പറയാം ഈ സാന്നിധ്യത്തിൽ എനിക്ക് നിലകൊള്ളാം സാന്നിധ്യത്തിൽ സംസാരമൊന്നുമില്ല അപ്പൊ എന്ത് വേണം ഈശ്വരനെ എല്ലാ അർജുനൻ ഇനി ചെയ്യാൻ പോകുന്നുണ്ട് എല്ലാ നാമങ്ങളിൽ നിന്നും ഈശ്വരനെ മാറ്റും എല്ലാ രൂപങ്ങളിൽ നിന്നും അത് നമുക്ക് മുൻപിലേക്ക് വരുമ്പം കാണാം അർജുനൻ ചെയ്യാൻ പോകുന്ന പ്രക്രിയ ഒക്കെ നമ്മളും ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് അർജുനൻ എവിടെയും കുടുങ്ങി നിൽക്കുന്നില്ല എന്ന് പറയാം ഈ ഒരു തലത്തിലൊക്കെ ഇത് ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ട് അർജുനൻ ഇനി പന്ത്രണ്ടാം അധ്യായത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു ഭഗവാനോട് ചരാചരൂജ്യൂയാൻ സമോസ്ത്യതോന്യ ഭഗവാനോട് അങ്ങ് അപാരനാണ് ഞാൻ അങ്ങയെ മനസ്സിലാക്കിയത് അബദ്ധമായി എന്ന് പറയുമ്പം നമ്മൾ ഈ പറയുന്ന പോലെയല്ല ഇനി ഓ അപ്പൊ ഇവിടെ അർജുനൻ എന്തുണ്ടാവണം അപ്പൊ നല്ലൊരാളോടാണ് ഞാൻ ഇന്നലകളിലൊക്കെ കൂട്ടുകൂടിയതും കുറെ ഇങ്ങനെയൊക്കെ സംസാരിച്ചതും അപ്പൊ നമുക്കെന്താ ഉണ്ടാവുക സാധാരണ ഒരു മനുഷ്യ സഹജമായിട്ട് ഈ ഒരു കാര്യം നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണെന്ന് പറയാം അനു അർജുനന്റെ അനുഭവം അർജുനൻ അത് ഷെയർ ചെയ്യുന്നത് അർജുനന് വലിയൊരു അപരാധമായിട്ടാണ് തോന്നുന്നത് നമ്മളൊരു വലിയൊരാളുടെ വലിയൊരാളൊക്കെയാണെങ്കിൽ പിന്നെ ഇങ്ങോരഞ്ഞാനും എത്രകാലം ഇല്ലേ നേരെ വിരുദ്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അതാണ് അറിവിൻ്റെ ആ ലക്ഷണം അതുകൊണ്ട് ഓ അങ് ഇതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും അതുകൊണ്ട് എന്നോട് അങ് ക്ഷമിക്കണം എന്റെ അറിവില്ലായിരുന്നു ഇന്ന് ഞാൻ അങ്ങയെ മനസ്സിലാക്കി ആരാണ് അങ്ങ് പിതാസി ലോകസ്യ ചരാചര തമസ്യൂ പൂജ്യാ ച ഗുരുഹു ഗരിയാൻ അങ്ങയുടെ പറയണോ അപ്രതിമപ്രഭാവ അങ്ങയുടെ നിസ്തുലമായ ആ പ്രഭാവം ഉണ്ടല്ലോ ം ചരാചരസ്യ അസ്യ ലോകസ്യ പിതാ അസി അങ്ങ് ആരാണ് ഈ ചരാചരമായിട്ടുള്ള ഇളകുന്നതിൻ്റെയും ഇളകാത്തതിൻ്റെയും കാണുന്നതിൻ്റെയും കാണാത്തതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള അസ്യലോക ഈ ലോകത്തിന്റെ പിതാ അസി അങ്ങാണ് ഇതിന്റെ പിതാവ് എന്ന് പറയാം പിതൃത്വം അങ്ങേക്കുള്ളതാണ് പൂജ്യ ഗരിയാൻ അങ്ങാണ് പൂജ്യൻ വന്ദനീയൻ ശ്രേഷ്ഠൻ ഗരിയാൻ ശ്രേഷ്ഠനും ഗുരു അങ്ങ് ഗുരുവും കൂടെയാണ് ഭഗവാനാണ് ഗുരു എന്ന് പറയാം ഗുരുവാണ് ഗുരുച്ച ഗുരുവുമാണ് ലോകത്രയെ മൂന്ന് ലോകത്തിലും ത്വത് സമ അഭി ന അസ്ഥി അങ്ങേക്ക് സദൃശനായി സമമായി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പൊ ഇനി ഭഗവാന്റെ അച്ഛൻ ആരാന്നൊന്നും അന്വേഷിക്കേണ്ട അദ്ദേഹത്തിന് പോയിട്ട് നമസ്കരിക്കാം നമുക്ക് അങ്ങനെയാണല്ലോ വലിയ ആളെ കണ്ട് വലിയ ആളുടെ അതിൻ്റെ മുകളില ആരാ ആരുമില്ല എന്ന് പറയാം അതുകൊണ്ട് അങ്ങ് തന്നെയാണ് <little throat> <coughs> <laughs> <coughs> ് നോക്കൂ ആലോചിക്കൂ അതായത് ഈ ഇതിലൊക്കെ കുറേ സൂചനകളുണ്ട് വ്യാസര് മഹാഭാരതത്തിലും അതുപോലെ പുരാണങ്ങളിലും ഇതിഹാസത്തിലുമൊക്കെ പറയുന്ന ഒന്ന് നമ്മൾ പല പലപ്പോഴും പലരും ആലോചിക്കാറുള്ളതാണ് അപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണനായിട്ടുള്ളൊരു അപാര വ്യക്തിത്വം ഇല്ലേ ആ അത്തരത്തിലുള്ളൊരു അപാര വ്യക്തിത്വത്തിൽ നിന്നുണ്ടാകുന്ന പുത്രൻ എങ്ങനെയായിരിക്കണം പറ്റില്ല എന്ന് പറയാ വ്യാസരൊക്കെ ആ കാര്യത്തിൽ വളരെ എന്താ പറയുക ചിലപ്പോൾ നമ്മളൊക്കെ കഥ എഴുതുമ്പം ആരാണ് അവൻ്റെ അച്ഛൻ എന്നറിയോ എന്നാൽ ശരി അവനേക്കാൾ വലിയൊരുവൻ ഉണ്ടാക്കി കളയാം നടപ്പില്ല കൃഷ്ണന്റെ കാര്യത്തിൽ സാധ്യമല്ല എന്ന് രാമന്റെ കാര്യത്തിലും ആത്മീയ്ക്ക് അക്കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഏകദേശമൊക്കെ കുട്ടികൾ കുറച്ച് കുഴപ്പമില്ല എന്ന് പറയാ അതിനോളം ഉയരാൻ അനുവദിക്കില്ല എന്ന് പറയാ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങാണ് ഇതിന്റെ എല്ലാമായിട്ട് പടർന്ന് പന്തലിച്ച് അസ്യ വിശ്വസ്യ പിതാ അസൈ അങ് തന്നെ ഈ വിശ്വത്തിന്റെ പിതാവായിട്ട് നിൽക്കുന്നത് പിന്നെ വസുദേവർ അങ്ങയുടെ മുകളിലാണോ എന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല എന്ന് പറയാം അങ്ങയ്ക്ക് സമനായിട്ട് ഇവിടെ പുന അഭ്യധിക അങ്ങയെ അതിക്രമിച്ച് അങ്ങയെ കവിഞ്ഞ് അന്യഹ കുത എങ്ങനെ ഒരുവൻ ഉണ്ടാകും അങ്ങേ അങ്ങയേക്കാൾ അങ്ങേക്കുപരിയായി ഇവിടെ ഒരുവനും നിലനിൽക്കുന്നില്ല എന്ന് എന്താ പറയുന്നു തുടർന്ന് തസ്മാ പ്രണമ്യ പ്രണിധായകായം പ്രസാദയേ മീഷമീഡ്യം പിതേവ സഖേവ സഖ്യു പറയുന്നു അർജുനൻ തസ്മാത് അല്ലയോ ഭഗവാനെ തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അഹം ഈശം ഈഡ്യം ത്വാം കായം പ്രണിതായ ഞാൻ അങ്ങയെ ഈശം ഈശം എന്ന് പറഞ്ഞാൽ ഈശൻ നാഥനായിട്ട് ഈഡ്യം സ്തുതിക്കാൻ യോഗ്യനായിട്ടുള്ള ത്വാം അങ്ങയെ കായം സ്വശരീരം കൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് ഇതാ പ്രണിധായ പ്രണിധായ എന്ന് പറഞ്ഞാൽ നമ എന്താ ഭൂമിയിൽ സമർപ്പിച്ചിട്ട് പൂർണ്ണമായി എൻ്റെ അംഗങ്ങളെ സമർപ്പിച്ചിട്ട് സർവാംഗ എന്താ നമസ്കാരം ചെയ്യുകയാണ് അർജുനൻ പ്രണമ്യ നമസ്കരിച്ചിട്ട് പ്രസാദയെ അങ്ങയെ പ്രസാദിപ്പിക്കുന്നു എനിക്കിപ്പോൾ അങ്ങയെ പ്രസാദിപ്പിക്കാൻ ഒറ്റ മാർഗയുള്ളൂ എൻ്റെ ശരീരത്തെ ഈ ഭൂമിയിലേക്ക് അങ്ങട്ട് സമർപ്പിക്കുക നമ്മൾ പഠിച്ചുവല്ലോ പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തി അ പ്രയച്ചതി അല്ലേ ആ കടന്നു വന്ന വഴിയെ ഒന്ന് സ്മരിക്കുക എന്നുള്ളത് പ്രണാമം അപ്പം തൻ്റെ സർവ ഒരിക്കൽ ഒരിക്കലങ്ങോട്ട് നമസ്കാരം ചെയ്യുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ എല്ലാ ഭഗവാനാണല്ലോ എല്ലാമായിരിക്കുന്നത് അവിടേക്കുള്ള നമസ്കാരം തന്നെ സമർപ്പിക്കുകയാണ് ഞാനിതാ ഇങ്ങനെ ചെയ്യുന്നു ഈ അർജുനൻ ഇവിടുന്ന് അങ്ങോട്ട് അർജുനൻ്റെ ഉയർച്ചയാണ് എങ്ങനെയുള്ള ഉയർച്ചയാണ് അർജുനൻ ആ ഇനി അർജുനന്റെ പടി ധ്യാന ഇവിടെയാണ് ശരിക്കും പറഞ്ഞ ധ്യാനത്തിലൂടെയാണ് ഇനി അർജുനൻ പോകുന്നത് എന്ന് പറയാം ഇത് ബാഹ്യമായ കുറെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഈ അനുഷ്ഠാന ആചാരങ്ങൾക്കൊക്കെ തന്നെ ഒരു ധ്യാന ഭാവമുണ്ട് ആ ധ്യാനാവസ്ഥിത മനസ്സിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് അർജുനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല അർജുനൻ ചെയ്യണം കുട്ടികളോടെ എന്ന് പറയാൻ നമ്മൾ അറിവ് കൊടുത്തിട്ട് അവനെ അറിയാതെ കുനിയണം നമ്മൾ ഇവർ ഇട നമസ്കരിക്കൂ സ്വാമിയെ കണ്ടാൽ നമസ്കരിക്കൂ അമ്പലത്തിൽ പോയിട്ട് നമസ്കരിക്കൂ പറഞ്ഞു ചെയ്യിക്കുന്നതല്ല ഭഗവാൻ അർജുനനെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചിട്ടേ ഇല്ല ഇതാ അർജുനൻ അറിയാതെ തന്നെ അത് ചെയ്യണം അർജുനൻ്റെ എന്താ സമീപനത്തിൽ മാറ്റം ഉണ്ടാകുന്നു ആദ്യം എന്തായിരുന്നു സമീപനം സേനയോർ ഉപയോർ മധ്യേ രഥം ആ ഡ്രൈവറോട് പറയുന്നത് പോലെ ഓണർ പിറകിൽ നിന്ന് പറഞ്ഞതാണ് എന്തിനാ എന്നാണെങ്കിൽ സംശയമുണ്ടെങ്കിൽ എനിക്ക് അവരെയൊക്കെ കാണണം അതുകൊണ്ട് ശരിക്കും കാണാൻ പാകത്തിന് നിർത്തിക്കോളാൻ പറഞ്ഞ് അതേ അർജുനാണ് പറയുന്നത് ഒരു എന്താ വലിയൊരു മാറ്റം ആ എന്താ നമസ്കാരം അർജുനൻ്റെ ഉയർച്ചയെ തന്നെയാണ് വ്യാസൻ കാണിക്കുന്നതെന്ന് പറയാം പ്രസാദയെ ഞാനിത് അങ്ങയെ പ്രസാദിപ്പിക്കുന്നു അതുകൊണ്ടന്നെ പ്രസാദിച്ചാലും പറയാ ഹേ ദേവ അല്ലയോ പ്രകാശസ്വരൂപനായിട്ടുള്ള ഭഗവാനെ പറയുന്നു എന്തിനാണ് ഞാൻ അങ്ങേയെ നമസ്കരിക്കുന്നത് എന്നാണെങ്കിൽ പുത്രസരാധം ഒരു പുത്രന്റെ അപരാധത്തെ പിതാ ഇവ അല്ലെങ്കിൽ പിതാവെന്ന പോലെ സഖ്യുഹു സഖാ ഇവ സ്നേഹിതന്റെ അപരാധത്തെ സുഹൃത്ത് എന്ന പോലെ പ്രിയായ പ്രിയ ഇവ ഭാര്യയുടെ അപരാധത്തെ ഭർത്താവ് എന്ന പോലെ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതാണെന്നാണ് കാരണം സഹിക്ക് എന്താ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇതിൽ എന്തുവേണം ഇതൊക്കെ ഇതുപോലെ മമ അപരാധം അല്ലയോ ഭഗവാനെ എൻ്റെ അപരാധത്തെയും സോടും അർഹസി അങ്ങ് സഹിക്കണം അല്ലെങ്കിൽ അങ്ങ് അതിനെ മറക്കണം എന്നോട് പൊറുക്കണം ഞാൻ അപ്പൊ അർജുനൻ ഇതിനു മാത്രം ഭഗവാനോട് അപരാധം എന്തെങ്കിലും ചെയ്തോ എന്താ അർജുനന് അവതരിപ്പിക്കുന്ന അപരാധം ശങ്കരാചാര്യർ പറഞ്ഞല്ലോ അല്ലെ എന്താ മൂന്ന് ഞാൻ ചെയ്ത വലിയ അപരാധം സ്തുതിക്കാൻ പറ്റാത്ത അങ്ങയെ ഞാൻ സ്തുതിച്ചു ഒന്ന് പിന്നെയോ രണ്ടെന്താണ് ഏ രൂപ ഇല്ലാത്ത അങ്ങയ്ക്ക് ഞാൻ ഒരു രൂപം രണ്ട് പിന്നെയോ അങ്ങയുടെ ആ സർവ്വ എന്താ വ്യാപ്തിത്വം അങ്ങയുടെ അനന്തമായ ആ ഭാവത്തെ ഞാൻ പരിമിതപ്പെടുത്തി ദേശാടനമൊക്കെ നടത്തി തീർത്ഥാടനം നടത്തി ഇതൊരു അപരാധമായിട്ട് അർജുനൻ ഇതാ അവിടെ അവതരിപ്പിക്കും എന്തൊക്കെ അപരാധം എന്നാണെങ്കിൽ ഞാൻ പലതും പല പേര് ചൊല്ലി വിളിച്ചു അങ്ങ് സുഹൃത്താണെന്ന് ഇങ്ങനെ ഇങ്ങനെ സുഹൃത്തുക്കൾ തമ്മിലുണ്ടാവും ഭാര്യ തമ്മിലുണ്ടാവും അച്ഛനും മകനും തമ്മിലുണ്ടാവും ഇവര് തമ്മിലൊക്കെ സംഭാഷണങ്ങൾ ഉണ്ടായിട്ട് അതിലൊക്കെ സ്വരൈക്യങ്ങൾ എന്താ പറയുക ഐ ആ പൊരുത്തക്കേടൊക്കെ അവര് പലപ്പോഴും പൊറുക്കും അല്ലെ രാവിലെ പിണങ്ങിയിട്ടായിരിക്കും ഓഫീസിലേക്ക് പോവുക പക്ഷെ വൈകുന്നേരം വരുന്ന സമയത്ത് അതെല്ലാം ശരിയാവണം അത് അപ്പോഴും അതേ ഭാവത്തിൽ തന്നെയാണ് തുടരുന്നതെങ്കിലോ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ അതുകൊണ്ട് എപ്രകാരം ഭാര്യയുടേത് ഭർത്താവ് പുറക്കുന്നു തിരിച്ചും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അച്ഛൻ്റെത് മകൻ മകന്റെത് അച്ഛൻ ഇത്യാദി കാര്യങ്ങളിലൊക്കെ അവരെങ്ങനെയാണോ ഒരു സ്വരച്ചേർച്ചയിൽ അത് പുറത്ത് മുന്നോട്ട് പോകുന്നത് അതുപോലെ ഭഗവൻ എന്റെ ഈ കാര്യത്തിലും അങ്ങ് എന്നോടും ഈ രീതിയെ കൈക്കൊള്ളണം എന്ന് അർജുനൻ പറയാം അദൃഷ്ടപൂർവംസ് ർശയൂം പ്രസീത ഇവിടെയാണ് അർജുനൻ ഭഗവാനോട് എന്താ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് എന്താ പറയുന്നത് ഹേ ദേവേശ അല്ലയോ ദേവനായക ഭഗവാനെ അദൃഷ്ടപൂർവം ദൃഷ്ട അദൃഷ്ടപൂർവം അദൃഷ്ടപൂർവം മുമ്പ് ഞാൻ കാണാത്തതിനെ ഇത് അദൃഷ്ടവാ കണ്ടിട്ട് ഹൃഷിത അസ്മി അർജുനന്റെ പ്രഖ്യാപനാണ് ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനായിരിക്കും എന്താണ് ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ് ഞാൻ മുമ്പ് ഇത് കണ്ടിട്ടില്ല എന്ന് പറയാം എന്നാൽ മുമ്പ് ഇതില്ലായിരുന്നോ ഉണ്ടായിരുന്നു പക്ഷേ മുമ്പ് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഇങ്ങനെയൊന്നും കാണാൻ സാധിച്ചില്ല എന്ന് പറയാം അതുകൊണ്ട് ഇപ്പൊ ഞാൻ സന്തോഷവാനാണ് ഒപ്പം എന്നിലെന്തുണ്ട് ഹൃഷിത അങ്ങനെയാണെങ്കിലും മേ മനഹ എന്റെ മനസ്സ് ഭയേന കുറച്ച് ഭയമുണ്ട് എന്ന് പറയാം പേടികൊണ്ട് പ്രവ്യതിതം വ്യാകുലപ്പെടുന്നു രണ്ടും കുറേശയുണ്ട് കുറച്ച് ഭയവും എന്നിലുണ്ട് അതുകൊണ്ട് എന്ത് വേണം ഹേ ജഗന്നിവാസ അല്ലയോ ലോകത്തിന് മുഴുവൻ രക്ഷകനായിട്ടുള്ള ഭഗവാനെ പ്രസീത അങ്ങ് പ്രസാദിച്ചാലും എന്താണ് എങ്ങനെയാണ് അങ്ങ് പ്രസാദിക്കേണ്ടത് തത് രൂപം ഏവാ ആ രൂപത്തെ തന്നെ ഏത് മുൻപ് ഞാൻ കണ്ട ആ കാഴ്ചയെ തന്നെ മേ ദർശയ എനിക്ക് കാണിച്ചു തന്നാലും അപ്പൊ പണ്ട് എങ്ങനെയാണോ അങ്ങയെ ഞാൻ കണ്ടത് അതുപോലെ എനിക്കൊന്ന് കാണണം എനിക്ക് കാണണം ഇനിയിപ്പം അർജുനൻ ആയിരം കൈകളിൽ നിന്ന് ഭഗവാനെ നാല് കൈകളിലേക്ക് കൊണ്ടുവരാൻ പോവുക അങ്ങനെ അഭ്യർത്ഥിക്കുന്നു ഏത് ഏത് രൂപമാണ് വേണ്ടത് അർജുനൻ തന്നെ പറയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാ ഈ രൂപത്തെയാണ് കിരീടിനദിം ചക്രഹസ്തം ഇച്ഛാമി ത്വം ദ്രഷുഹം തഥൈ തേനൂപേണ ചതുർഭുജേന സഹസ്രബാഹോഭവ വിശ്വമൂർത്തെ കിരീടിനം ഗം ചക്രഹസ്തം ഇച്ചാമി ം ദ്രഷും അഹം തഥാപേ ചതുർഭുജന ഹേ സഹസ്രബാഹോ ഭവേ വിശ്വമൂർത്തേ പറയു തഥാ അപ്രകാരം തന്നെ മുൻപ് മുൻപത്തെ പോലെ കിരീടിനം കിരീടിയായി കിരീടം ധരിച്ചവനായി അതുപോലെ ഗതിനം ഗതയുള്ളവനായി ചക്രഹസ്തം ചക്രവാണിയായിട്ട് ത്വം ദ്രഷു അഹം ഇച്ചാമി അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെയോ ഹേ സഹസ്രബാഹോ അർജുനൻ വിളിക്കുക അത് നല്ലൊരു കോമ്പിനേഷനാണ് നാല് കൈകളോട് കൂടിയിട്ട് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു അതേ സമയത്ത് അങ്ങാരാണ് ഹേ സഹസ്രബാഹോ അല്ലയോ ആയിരം കൈകളുള്ളവനെ ഹേ വിശ്വമൂർത്തേ അല്ലയോ വിശ്വത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള അതായത് വിശ്വമൂർത്തേ എന്ന് പറയുമ്പം എല്ലാ രൂപങ്ങളും ഇല്ലാതെയാവും ഈ ശ്ലോകത്തിൽ അർജുനൻ എല്ലാ വ്യക്തിത്വ കൽപ്പനകളിൽ നിന്നും ഭഗവാനെ അടർത്തി മാറ്റുന്നുണ്ട് എല്ലാ വ്യക്തിത്വ കൽപ്പനകളിൽ നിന്നും ഈശ്വരനെ മാറ്റിയാൽ മാത്രമേ ഈശ്വരൻ എല്ലാ രൂപവും ആകുന്നുള്ളൂ ഏതെങ്കിലും ഒരു രൂപത്തിൽ മാത്രം ഈശ്വരനെ കരുതിയാൽ എല്ലാ രൂപവും ഈശ്വരനാകില്ല വിശ്വമൂർത്തിയാകില്ല അതാണ് അർജുനൻ രണ്ടും പറയുന്നത് നാല് കൈകളും ഒപ്പം ആയിരം കൈകളും അപ്പൊ നാല് കൈകളുള്ളവൻ മാ ഞാൻ അങ്ങെ നാല് കൈകളെ കൊണ്ട് മാത്രമല്ല കാണാൻ ആഗ്രഹിക്കുന്നത് അതേസമയം അങ്ങ് ആരാണ് സഹസ്രബാഹു ആയിരം കൈകളുള്ളവനാണ് പക്ഷെ ഞാൻ അങ്ങനെ നാല് കൈകളോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്നു അപ്പൊ നമ്മളും ഇങ്ങനെ വേണം രണ്ട് കൈ ആണെങ്കിലും നാല് കൈയും ആയിരം കൈയും സാധ്യതകളെ ആയിരം സാധ്യതകളുണ്ട് അതിനൊക്കെ ആവിഷ്കരിക്കാൻ പോകുന്നതാണ് അതുകൊണ്ടാ മഹാബാഹു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതും അപ്പൊ എല്ലാ ഏതെങ്കിലും ഒരു സവിശേഷ രൂപത്തിൽ ഭഗവാനെ കണ്ടാൽ അതെന്താണ് ഭഗവാന് കുറച്ചിലാണ് എന്ന് പറയാ അതുകൊണ്ട് എന്ത് വേണം ഏതെങ്കിലും സവിശേഷ രൂപം അല്ലെങ്കിൽ ഏതെങ്കിലും സവിശേഷ നാമം ഒരു സവിശേഷ നാമത്തിൽ ഭഗവാനെ പറഞ്ഞു കഴിഞ്ഞാലോ അതും ശരിയാവില്ല അദ്ദേഹത്തെ എല്ലാ നാമത്തിൽ നിന്നും മാറ്റണം അപ്പോഴേ എല്ലാ നാമവും അദ്ദേഹത്തിൻ്റെതാകൂ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായി പോകുന്നു അത് അർജുനൻ ഇവിടെ ചെയ്യുന്നു സഹസ്രബാഹോ വിശ്വമൂർത്തേ വിശ്വമൂർത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ നേരത്തെ പറഞ്ഞ കിരീടനം ഗദിനം ചക്രിനം ചക്രഹസ്തം എന്ന് പറയുമ്പം അതിന് വിരുദ്ധമായിട്ടുള്ളത് തന്നെയാണ് ബിരുദം എന്ന് പറഞ്ഞാൽ അതും ഇതും വിശ്വമൂർത്തിക്ക് പറഞ്ഞ ആകാരങ്ങളൊന്നുമില്ല വിശ്വം തന്നെ വിശ്വമായി പരിണമിച്ച് നിൽക്കുകയാണ് വിശ്വമൂർത്തി ചതുർഭുജേന അങ്ങയുടെ നാല് കൈകളോട് കൂടിയ തേനരൂപേണ ആ രൂപമുള്ളവനായിട്ട് ഏവം ഭവ അങ്ങ് ഭവിച്ചാലും കാരണം എന്തിനാണെന്ന് അറിയാം വ്യവഹരിക്കാനാണെന്ന് പറയാം അത് ആവശ്യമാണ് ഇല്ലേ അപ്പൊ വ്യവഹാരത്തിൽ എന്തുണ്ട് ഈ പറഞ്ഞ് വൈവിധ്യങ്ങളൊക്കെ ഉള്ളതാണ് ആത്യന്തികമായിട്ടോ ഒന്നേയുള്ളൂ എന്ന് പറയാ അപ്പൊ ഭഗവാൻ ഇനി എന്താ അർജുനനും അർജുനൻ ആ അർജുൻ ഇത്രയും പറഞ്ഞിട്ട് അർജുനൻ അവസാനിപ്പിച്ചു എന്ന് പറയാം ഇനി അങ്ങേ പഴയതുപോലെ കണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയണം എന്തായാലും ഭഗവാൻ അർജുനുമായിട്ട് സംസാരിക്കണം നോക്കാം ശ്രീഭഗവ്രസന്നേന തർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് യം വിശ്വമനന്തൂർ ശ്രീ ഭഗവാൻ ഉച്ച അർജുനൻ പറഞ്ഞതൊക്കെ കേട്ട് ഭഗവാൻ മറുപടി കൊടുക്കുന്നു മയാ പ്രസന്നേന തവ അർജുന തവ അർജുന ഇതം രൂപം പരം ദർശിതം ആത്മയോഗാ തേജോമയം വിശ്വം അനന്തമാദ്യം യത് മേ ത്വത് അന്യേന നൃഷ്ടപൂർവം പറയുന്നു ഹേ അർജുന അല്ലയോ അർജുന മേ തേജോമയം അനന്തം ആദ്യം വിശ്വം ഇതം പരം രൂപം തേജോമയം പ്രകാശമയമായ അനന്തം അന്തമില്ലാത്ത ആദ്യം ആദി കാരണമായിട്ടുള്ള വിശ്വം പരിപൂർണമായ ഇതം പരം രൂപം ഈ പരമമായ എന്താ ഉത്കൃഷ്ടമായ രൂപം ത്വതന്യേന നീയൊഴിഞ്ഞ് മറ്റൊരുവനാൽ ഇത് അർജുനന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ഭഗവാൻ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമല്ലോ കാരണമൊക്കെ സ്വാമിക്ക് പറയാൻ പറ്റും എന്ത് പറയാൻ പറ്റും ഇവിടെ നൂറ്റിയെട്ട് ദിവസം നടക്കുന്ന ഗീതാജ്ഞാന യജ്ഞത്തിൽ നിങ്ങൾ നിങ്ങളൊഴിഞ്ഞ് മറ്റുള്ളവർ അതായത് നിങ്ങൾ ഇതിൽ വന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ രണ്ടു പേരും രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു വലിയൊരു കാര്യമാണ് ഇത് ഇപ്പം ഭഗവാൻ പറയുന്നത് ഈ കുരുക്ഷേത്ര ഭൂമിയിലാണ് അപ്പൊ നമ്മൾ വിചാരിക്കരുത് അർജുനന് മാത്രം സാധിച്ചൊരു കാര്യമാണ് ഇനി ആർക്കും സാധിക്കൂല്ല അവിടെ അവിടുത്തെ ഇതിൽ ഭഗവാൻ പറയാം ഇപ്പൊ കൊച്ചിയിലെ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ നമ്മളിവിടെ കുറച്ചാളുകൾ മാത്രമേ കൂടിയിരുന്നിട്ടുള്ളൂ എന്നും അതുപോലെ ഭഗവാൻ പറയണോ തൊതന്യേന നീ ഒഴിഞ്ഞ് മറ്റൊരുവനാൽ നദൃഷ്ടപൂർവം മുമ്പ് കാണപ്പെട്ടിട്ടില്ല ഈ കുരുക്ഷേത്ര ഭൂമിയിൽ പല ദുര്യോധനാദികളും പലരും ഉണ്ടായിട്ടുണ്ട് അവർക്കൊന്നും ഇത് കാണാൻ സാധിച്ചിട്ടില്ല അവർ രണ്ടുപേരും തമ്മിൽ മാത്രം നടന്നതായത് അർജുനനും ഭഗവാൻ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ പല ദുര്യോധനാദികളും പലരും ഉണ്ടായിട്ടുണ്ട് അവർക്കൊന്നും ഇത് കാണാൻ സാധിച്ചിട്ടില്ല അവർ രണ്ടുപേരും തമ്മിൽ മാത്രം നടന്നതായത് അർജുനനും ഭഗവാൻ ർക്കായിരുന്നു ആവശ്യം അർജുനനായിരുന്നു ആവശ്യം അർജുനാണല്ലോ സംശയം ഉണ്ടായത് അതുകൊണ്ട് അർജുനന് ഇത് ആവശ്യമായിരുന്നു ഭഗവാനെ ഇങ്ങനെ കാണുക എന്നുള്ളത് എത് പ്രസന്നേന യാതൊരു പ്രസന്നമായ മയ എന്നാൽ ആത്മയോഗാദ് സ്വന്തം യോഗശക്തി നിമിത്തം തവ ദർശിതം നിനക്ക് ഞാൻ കാണിച്ചു തന്നു എന്ന് പറയാം അതിനൊക്കെ ഞാൻ കാണിച്ചു തന്നത് ആത്മയോഗം കൊണ്ടാണ് എൻ്റെ നിന്നോടുള്ള അത്രയും ശ്രദ്ധ കൊണ്ടും ഇവിടെ എന്തിനാ ഭഗവാൻ ഇപ്പം ഈ ഒരു ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു രൂപം കാണിച്ചു കൊടുത്തിട്ടല്ലേ എന്നാ യുദ്ധ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ അർജുനൻ തയ്യാറാകുന്നത് ഇതൊക്കെ നന്നായിട്ട് നമ്മൾ വിചാരം ചെയ്യേണ്ട ഒരു കാര്യമാണ് യുദ്ധം മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭഗവാൻ നയിക്കുന്ന യുദ്ധം ഭഗവാൻ നമ്മളോട് ചെയ്യാൻ പറയുന്ന യുദ്ധത്തിന് ഒരു പ്രത്യേക തലമുണ്ട് ഒരിക്കൽ രണ്ട് രാജാക്കന്മാർ തമ്മിൽ യുദ്ധം എത്രയോ വർഷങ്ങളായിട്ട് യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പല രാജ്യങ്ങളും നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും നിരന്തരം ഈ ശത്രുത തലമുറകളോളം ഇങ്ങനെ കൊണ്ട് കൊണ്ടു എന്താ പറയുക പോയിക്കൊണ്ടിരിക്കും അത് വേണമെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന് കൊണ്ടുപോകാൻ പറ്റും കാരണം അത് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിങ്ങനെ കൊണ്ടുപോകാം നമുക്ക് അപ്പൊ ഇതുപോലെ ഒരിക്കൽ ഈ രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള രണ്ട് ചെറിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അങ്ങനെ ഈ യുദ്ധം ഒരു ദിവസം ഈ രാജാക്കന്മാര് തമ്മിൽ നേർക്ക് നേർ യുദ്ധം വന്നു ആ സമയത്ത് ആ അതിലെ ഒരു രാജാവ് മറ്റേ രാജാവിനെ കൊല്ലാൻ വരുമ്പെടുന്ന ആ സമയത്ത് അതായത് മരണപ്പെടാൻ പോവുക അവസാന നിമിഷമാണ് ആ സമയത്ത് ആ രാജാവ് ഏതൊരു രാജാവ് ഈ രാജാവിൻ്റെ മുഖത്തേക്ക് തുപ്പി എന്ന് പറയാം കാർക്കിച്ച് തുപ്പി ഉടനെ കൊല്ലാൻ പോകുന്ന ആ രാജാവ് വാള് പിന്നിലേക്കെടുത്തു അദ്ദേഹത്തിന് കൊല്ലാതെ വിട്ടു എന്നിട്ട് പറഞ്ഞു നാളെ വരാൻ അപ്പൊ മറ്റയാൾ ചോദിച്ചു ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ് മറ്റയാൾ ചോദിച്ചു എന്താ അങ്ങ് എന്നെ കൊല്ലാതെ വിട്ടത് ഈ ഒരു ദിവസത്തിനായിട്ട് ഞാൻ എത്രയോ കാലം കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറയാം അപ്പൊ അദ്ദേഹം പറഞ്ഞു ദേഷ്യത്തോട് കൂടിയിട്ട് വിദ്വേഷത്തോടുകൂടി എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം കാരണം ഈ നിങ്ങളുടെ അടുത്തെത്തുന്നത് വരെ നിങ്ങളോട് എനിക്ക് വ്യക്തി ഈ തൊട്ട് മുൻപ് നിങ്ങൾ എപ്പോഴാണോ എൻ്റെ മുഖത്തേക്ക് തുപ്പിയത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളോട് എനിക്ക് വിദ്വേഷമുണ്ട് വിദ്വേഷത്തോടുകൂടി യുദ്ധം ചെയ്യുന്നത് എന്നെ ഗുരു പഠിപ്പിച്ചിട്ടില്ല നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിൻ്റെ താത്പര്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യരുത് എന്നാണ് എന്നെ പഠിപ്പിച്ചത് എന്നോട് യുദ്ധസമയത്ത് പ്രത്യേകം എനിക്ക് എന്നെ പരിശീലിപ്പിച്ചത് അങ്ങനെയാണ് അപ്പൊ ഇവിടെ യുദ്ധം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് വാസ്തവത്തിൽ യുദ്ധം നടക്കുന്നില്ല ഇവിടെ മഹാഭാരത യുദ്ധം പോലൊരു യുദ്ധം നടന്നിട്ടില്ല ലോകത്തിൽ മഹാഭാരത യുദ്ധത്തിൽ അണിനിരന്നവരൊക്കെ തന്നെ ധർമ്മം എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല പക്ഷേ ഇന്ന് ലോകം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും പല പല പല കാരണങ്ങളെ കൊണ്ടാണ് നിങ്ങൾക്കറിയോ ഒന്ന് രണ്ടാം അതെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭം ഒരു നഗരത്തിൽ വെച്ച് രണ്ടു പേരെ വെടിവെച്ച് കൊന്നതാണ് പിന്നെയാണ് അത് വംശീയ കലാപമായിട്ട് മറ്റും പല മാറുന്നതും അയൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്നതും ചില രാജ്യങ്ങൾ അനുകൂലം ചില രാജ്യങ്ങൾ പ്രതികൂലം അങ്ങനെ അനുകൂല പ്രതികൂലങ്ങളോട് മറ്റു ഇതൊക്കെ ഉണ്ടാകുന്നത് കാരണം എന്താ രണ്ട് യുവദമ്പതികൾ അതായത് ഒരാണോ ഒരു പെണ്ണും വെടിയേറ്റ് മരിക്കുന്നു അതിൽ നിന്നാണ് അത്ര ഇത് പൊട്ടി പുറപ്പെടുന്നത് നല്ല രസമാണ് യുദ്ധത്തിൻ്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പലതും പലതും പലതും ഉണ്ടായി വരുന്നു യുദ്ധചരിത്രം വായിച്ചപ്പം അത്ഭുതം തോന്നി വളരെ രസം തോന്നി അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നോക്കുക ഇവിടെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതായത് വിദ്വേഷത്തോടുകൂടിയുള്ള യുദ്ധം അത് അതിന് പൂർണ്ണത നൽകില്ല അപ്പൊ ഭഗവാൻ അർജുനനിൽ അർജുനനിൽ എന്തെങ്കിലുമൊക്കെ വിദ്വേഷങ്ങൾ ഉണ്ടെങ്കിൽ ആ വിദ്വേഷത്തെ പൂർണ്ണമായി മാറ്റേണ്ടത് ആവശ്യമാണ് അതൊന്ന് ഒന്ന് ഭാവന ചെയ്ത് നോക്കും അങ്ങനെ വല്ല യുദ്ധവും നടന്നിട്ടുണ്ടോ എന്ന് ഇല്ലാന്നുള്ളതാ അതുകൊണ്ടാണ് ഭഗവാൻ കാമരാഗ വിവർജിതം ബലം അഹമസ്മി എന്ന് പറഞ്ഞില്ലേ ആഗ്രഹങ്ങളിൽ അതൊക്കെ ഭഗവാനെ മനസ്സിലാക്കാനുള്ള എന്താ പറയുക സങ്കേതങ്ങളാണ് നമ്മുടെ ബലം മുഴുവൻ നമ്മൾ എങ്ങനെയാണ് നേടിയത് പറഞ്ഞുവല്ലോ യുദ്ധത്തെ മുൻനിർത്തിയിട്ടല്ലേ എല്ലാം നമ്മൾ നിർമ്മിച്ച വാഹനങ്ങൾ നമ്മൾ നിർമ്മി നമ്മൾ കണ്ടുപിടിച്ച എല്ലാം തന്നെ നമ്മുടെ റോഡുകളൊക്കെ എന്തിനാ അതായത് യുദ്ധം വരികയാണെങ്കിൽ ഈ അതിർത്തിയിൽ ഇപ്പൊ നമ്മളെത്രയോ കോടി കോടാനുകോടി ചെലവാക്കിയിട്ട് സിയാച്ചിലിന്റെ സമീപത്തു കൂടെ ഒരു റോഡ് ഉണ്ടാക്കാനുള്ള പദ്ധതി ആലോചിക്കുന്നുണ്ട് എന്തിനാണ് നമുക്ക് പെട്രോളിംഗ് നടത്തണം എന്തിനാ ഈ പെട്രോളിങ് നമ്മുടെ രാജ്യത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ ശത്രുക്കളെ അല്ലേ ആകാശത്ത് പലതും നിരീക്ഷിക്കുന്നത് എന്തിനാ ഇവിടെ നല്ല കൃഷി ഉണ്ടാക്കാനാ അല്ല പിന്നെയോ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാ വെച്ചിരിക്കുന്നത് എന്ന് അറിയാനാ ചന്ദ്രലേക്ക് നമ്മൾ യാത്ര ചെയ്തത് എന്തിനാ അവിടെ ഇരുന്ന് എങ്ങനെ ഭൂമിയിലേക്ക് യുദ്ധം ചെയ്യാം എന്നുള്ളതാ ഉദ്ദേശം അതായിരുന്നു അപ്പൊ യുദ്ധത്തെ മുൻനിർത്തിയിട്ടാണ് നാം എന്തൊക്കെ ബലം സ്വീകരിച്ചിട്ടുള്ളത് ഇതൊ ഇതിനൊക്കെ എതിരാണ് ഭഗവാൻ കാമരാഗ വിവർജിതം ബലം എന്ന് പറഞ്ഞാൽ വരും ലോകം ആവിഷ്കരിക്കാൻ പോകുന്ന ഒരു ബലമാണ് സ്നേഹത്തിൽ നിന്ന് സംജാതമാകുന്ന ഒരു ബലം അവിടെ പിന്നെ ഒരു മതിലുകളും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഇന്ന് കെട്ടി കെട്ടിയിട്ടുള്ള എന്താ ചന്ദ്രനിൽ പോയി നോക്കിയാൽ കാണുന്ന ചൈന മതിൽ അല്ലേ അത് സ്നേഹത്തിൽ നിന്നുണ്ടാക്കിയതാ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഇവിടുത്തെ ഒരു സൂപ്പർ സോണിക് വിമാനം സ്നേഹം കൊണ്ട് ഉണ്ടാക്കിയതാ വളരെ ദൂരെയുള്ള ഒരു പ്രേമിക്കുന്ന ഒരുവന് അവന്റെ എന്താ ആരെയാണോ തനിക്ക് പ്രേമിക്കേണ്ടത് അയാളെ കാണാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ടാ റോഡ് ഉണ്ടാക്കിയത് അല്ല നമ്മൾ തന്നെ നമ്മുടെ വീടിന്റെ മതില് പൊക്കി കെട്ടുന്നത് എന്തിനാ അയൽക്കാരനോടുള്ള പ്രേമം കൊണ്ട എപ്പോ അവനുമായിട്ട് ശങ്ക എന്താ ശണ്ട കൂടുന്നോ അപ്പോ ഒരു ലോഡ് മണ്ണും ഒരു ലോഡ് കല്ലും വരുന്നത് കാണാം അല്ലേ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും കർട്ടന്റെ കട്ടി കൂടുന്നത് കാണാം പണ്ട് കർട്ടനൊന്നുമില്ലായിരുന്നു ഇപ്പൊ ആ ഭാഗത്ത് മുഴുവൻ കർട്ടനാണ് ആ ജനലയെ തുറക്കില്ല പണ്ട് ഇടയ്ക്ക് തുറക്കുമായിരുന്നു തുറക്കുമ്പോഴാണ് ഇവര് എന്താ അവിടെ കറി വെച്ചതൊക്കെ ചോദിക്കാറ് പിണക്കത്തിന് ശേഷം പിന്നെ ജനല് പോലും തുറക്കാറില്ല കാരണം വായുസഞ്ചാരം പോലും നിന്നു പോകുന്നു അപ്പൊ ഈ ഗീതയുടെ ആഴം മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഈ യുദ്ധം എന്ന് പറയുമ്പോൾ വിദ്വേഷമാണ് ആദ്യം നമ്മുടെ യുദ്ധം മുഴുവൻ അങ്ങനെയാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന രഹസ്യവും അതാണ് അതുകൊണ്ട് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യുദ്ധ ഒക്കെ പമ്പ കടക്കും സർവഭൂത ഹിതേ രതാഹ ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ പറയുമ്പോഴുണ്ടല്ലോ പിന്നെ അവിടുത്തെ യോദ്ധാവ് ലോകം ഇതുവരെ കാണാത്തൊരു യോദ്ധാവാണ് ലോകം ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു യോദ്ധാവിനെ അതാണ് ഒരു യോദ്ധാവ് മാതൃകയായിട്ടുള്ളൊരു യോദ്ധാവ് ലോകത്തിന് ഈ ഫിലോസഫി ഉൾക്കൊണ്ടൊരാൾ അപ്പൊ ഇതൊക്കെ ഓർമ്മയിൽ വയ്ക്കുക പറയണു വിശ്വം ഇതം പരം രൂപം ത്വതന്യേന നീ ഒഴിഞ്ഞ് മറ്റൊരുവനാൽ ന ദൃഷ്ടപൂർവം കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോ അർജുനന് അല്ലെങ്കിൽ ഭഗവാന് അർജുനനോടുള്ളൊരു പ്രത്യേക താത്പര്യം ആ താത്പര്യം തന്നെയാണ് ലോകത്തോടുള്ളത് നമ്മളോടുള്ളത് അതുകൊണ്ട് മയാ ആത്മയോഗവ ദർശിതം എന്റെ സ്വന്തം യോഗശക്തി നിമിത്തം നിനക്കത് ത നിനക്ക് ദർശിതം കാണപ്പെട്ടു അപ്പൊ അവര് തമ്മിലുള്ള ഒരു പ്രത്യേക പ്രേമത്തിലാണ് ആ സ്നേഹത്തിലാണ് അത് സംഭവിച്ചത് എന്ന് പറയാം ആര് തമ്മില് അർജുനനും ഭഗവാനും തമ്മില് തുടർന്ന് ുംവീരാ സ്വാമി പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ആശയങ്ങള് കുറേയും കൂടെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ മഹാഭാരതം ഭീഷ്മപർവം എന്താ പതിമൂന്നാം അധ്യായം മുതലാണ് ഗീതാപർവം ആരംഭിക്കുന്നത് അത് ആ സമയത്തൊക്കെ തന്നെ അതിനെ കുറച്ച് മുൻപിലായിട്ടൊക്കെ യുദ്ധഭൂമിയില് യുദ്ധഭൂമിയില് എന്താ കൈക്കൊള്ളേണ്ട നിയമങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആരെയൊക്കെ വധിക്കാം ആരെയൊക്കെ വധിക്കാൻ പാടില്ല എപ്പോഴൊക്കെ വധിക്കാം അപ്പൊ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് സർവൻസ് ഉം ഒരു കാരണവശാലും വധിക്കാൻ പാടില്ല നിരായുധനായിട്ടുള്ള ആളെ വധിക്കരുത് സു ഇത്ര സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല അപ്പൊ സൂര്യാസ്തമയം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞാലേ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഭക്ഷണം പോലും പരസ്പരം അവിടുന്ന് ഇവിടുന്ന് കഴിക്കും അവർ ചൂത് എന്താ പറയുക ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഷീട്ട് കളിക്കും അവിടുത്തെ ആളുകൾ ഇവിടെ വന്നിട്ട് അവർ തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ല മഹാഭാരത യുദ്ധം ശത്രുതയിൽ നിന്നല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്തോ എങ്ങനെയൊക്കെയോ പക്ഷേ വ്യാസര് പറയുന്നത് ഇതാണ് അല്ലെങ്കിൽ വ്യാസർക്ക് എന്തിനാ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കേണ്ട ആവശ്യം എന്നാലും അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ ചിലത് ശത്രുഭാവത്തോടുകൂടി കണ്ടു അതാണ് അതിൻ്റെ കുഴപ്പങ്ങൾ അത് വ്യാസർക്ക് നമ്മളോട് പറയാനുണ്ട് എങ്ങനെയാണ് അതിനെ കാണേണ്ടത് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾ നോക്കൂ വ്യാസന് പറയാനുള്ളത് അതൊക്കെ വ്യാസര് വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് അതിന് എന്താ ഒരു ആമുഖം രചിക്കുന്നുണ്ട് പറയണോ ഹേ കുരുപ്രവീര അല്ലയോ കുരുവീര അർജുന ഭഗവാൻ വിളിക്കുകയാണ് വേദയജ്ഞ അധ്യയനൈഹി വേദങ്ങളെ കൊണ്ട് യജ്ഞങ്ങളെ കൊണ്ട് വേദ വേദയജ്ഞ അധ്യയനം കൊണ്ട് ഇതുകൊണ്ടൊന്നും ഇത് പഠിച്ചതുകൊണ്ടോ ഒന്നും ദാനൈഹി ദാനം കൊടുത്തതുകൊണ്ടോ ക്രിയാഭിഹി കുറെ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ി തപോപിഹി ഉഗ്രങ്ങളായിട്ടുള്ള തപസ് ചെയ്തതുകൊണ്ടോ നൃലോകെ ഈ മനുഷ്യലോകത്തില് തൊതന്യേന നീയല്ലാതെ മറ്റൊരുവനാൽ ഏവം രൂപം ഇപ്രകാരമുള്ള രൂപം അഹം ചാനും ദ്രഷ്ടും ന കാണാൻ കഴിയപ്പെടുന്നതല്ല എന്ന് അപ്പൊ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു കാര്യ അർജുന നീയും ഞാനും തമ്മിലുള്ള ഈ നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഈ എന്താണ് ആ അതായത് മിലി ക്യാമ്പല്ല എൻ സി കുട്ടികൾ ഇത് പഠിക്കുമല്ലോ ഷൂട്ടിങ് അപ്പൊ ഷൂട്ടിങ് എന്ന് പറഞ്ഞാൽ റൈഫിൾ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ അപ്പം ഈ മിലിട്ടറിയിൽ നിന്ന് റിട്ടയറായിട്ടുള്ള ആളാണ് അത് കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പം ഇവർ ഈ കുട്ടികൾക്ക് ഇതൊന്ന് പിടിക്കാനും തോക്കെടുത്ത് കൈകാര്യം ചെയ്യാനുമൊക്കെ അവർക്ക് വലിയ താല്പര്യമാണ് പക്ഷേ ഇദ്ദേഹം അതങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കില്ല അതേ അദ്ദേഹത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നു ഐവാസിൻ ലഡാക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും അതൊരു ഒരു തോക്കെടുത്തു കഴിഞ്ഞാൽ അതൊരു അരമണിക്കൂർ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറയും ഞാനിതങ്ങനെ ചെയ് ഇത് എങ്ങനെയാണ് അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇവരോട് പറയും ഇതിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇഫക്റ്റീവ് റേഞ്ച് ഉണ്ടെന്ന് പറയാം അതാണ് അദ്ദേഹം പറയാം അവരുടെ ഭാഷ ഇഫക്റ്റീവ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ഒരു ഒരു തോക്കെടുത്തു ഒരു കണ്ടിട്ടുണ്ട് സീറോ എന്നൊക്കെ പറഞ്ഞ് ജെയിംസ് ബോണ്ട് ഒരു തോക്കൊക്കെ അതുപോലെ ഒരു വലിയൊരു സാധനം എടുത്തിട്ട് കുട്ടികളോട് പറഞ്ഞു ഇതിൻ്റെ ഇഫക്റ്റീവ് റേഞ്ച് മുന്നൂറ് മീറ്ററാണ് അപ്പൊ ഒരു കുട്ടി ചോദിച്ചു സാറേ ഒരു മുന്നൂറ്റി അഞ്ച് മീറ്ററിൽ ഉള്ള ഒരാൾക്ക് അതായത് മുന്നൂറ് മീറ്റർ വരെ ദൂരമുള്ള ഒരാളെ ഇതുകൊണ്ട് വെടി വെച്ചാൽ അയാൾ മരിക്കും അപ്പൊ ഒരുത്തൻ ചോദിച്ചു ഒരു മുന്നൂറ്റഞ്ച് മീറ്ററിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാൾക്ക് ഈ വെടി കൊണ്ടുവന്നിരിക്കട്ടെ എന്താ സംഭവിക്കാം കാരണം അയാൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു മരിക്കും പക്ഷെ ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ല പറയുന്നത് ഇവിടെ അർജുനും ഭഗവാനും തമ്മിലുള്ളൊരു എന്താ ഒരു കാഴ്ചയുണ്ട് അത് ഇതുപോലെ അപ്പൊ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു റേഞ്ച് അപാരമാണ് അർജുന ഇത് നമ്മുടെ ഇടയിൽ മാത്രം സംഭവിച്ച ഒന്നാണ് എന്ന് പറയുമ്പോ ഇത് ഇനി ഒരു കാലത്തും സംഭവിക്കില്ല എന്നല്ല അങ്ങനെ കരുതണ്ട നമുക്കിത് സംഭവിക്കും നമ്മളിങ്ങനെ അർജുനനെ പോലെ തയ്യാറായാൽ ഇത് സംഭവിക്കുന്നു അറിയാം മാൂഢാവം ദൃഷ്ട ം മപേതഭീ പ്രീതമാന പുനഃ മേ ൂം ഇതം പ്രപശ്യ പറയണോ ഭഗവാൻ മേ മേ ഘോരം ഈതൃക് ഇതം രൂപം നീ പറ നീ തന്നെ പറഞ്ഞുവല്ലോ ഭയാനകമാണ് ഇത് എന്ന് ഭഗവാൻ തന്നെ പറയണം എന്റെ ഭയാനകമായ ഭയത്തെ ജനിപ്പിക്കാൻ പോകുന്ന ഈദൃ ഇതം രൂപം ഈ വിധമുള്ള ഈ രൂപത്തെ ദൃഷ്ടുവ കണ്ടിട്ട് തേ നിനക്ക് തേ നിനക്ക് ദുഃഖം ഉണ്ടാവണ്ടെന്ന് പറയും നീ വിഷമിക്കേണ്ട അതുകൊണ്ട് വിമൂടഭാവം വ്യാമോഹവും മാ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഭഗവാൻ പറയുന്ന നമുക്കിത് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും ഭയവും ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമൂഹമൊക്കെ സംഭവിക്കാം എന്ന് പറയും അതുകൊണ്ട് അത് വേണ്ട തത് അതുകൊണ്ട് നീ എന്താ വേണ്ടത് വ്യഭേദഭീഹി പേടിവിട്ടവനായി പ്രീതമാനഹ സംപ്രീതനായിട്ട് മേ എന്റെ ഇതം രൂപം ഏവ പ്രപശ്യ എന്റെ ഈ രൂപത്തെയും കണ്ടുകൊള്ളൂ അപ്പൊ ഈ വിശ്വത്തിൽ ഇങ്ങനെയുള്ള രൂപങ്ങളുണ്ട് എന്ന് പറയാം ഭീതമാർന്ന രൂപവും അതുപോലെ മനസ്സിനെ സന്തോഷം തരുന്ന രൂപവും രണ്ടും നോക്കാൻ പറയുക ഒന്ന് മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ ഒരു കുഴപ്പം നമ്മളെന്തും എന്താ അനുകൂലമായിട്ടുള്ള ഒന്നും നോക്കില്ല ഒരിക്കലും ഒരാളൊരു നായെ ട്രെയിൻ ചെയ്തു എന്താ നായക്കുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ നായ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കും ഇയാളൊരു നായാട്ടുകാരനാണ് കിളികളെയൊക്കെ വെടിവെക്കുന്ന ആളാണ് അയാളൊരു സുഹൃത്തുക്കളെയൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു ഞായറാഴ്ച അയാൾ ഒരു കിളിയെ വെടിവെച്ചു അപ്പൊ ആ കിളി പറന്നു പോയിട്ട് വെള്ളത്തിൽ വീണു ആ വെള്ളത്തിൽ വീണ സമയത്ത് ഈ നായ അതിനെ പോയിട്ട് നടന്നു പോയി വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു പോയിട്ട് ആ കിളിയെ കടിച്ചു കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് കൊടുത്തു അപ്പൊ ഇവരൊക്കെ പ്രശംസിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചു അപ്പൊ അതിലൊരാൾ പറയാം ഓ നിന്റെ നായക്ക് നീന്താറിയില്ല അല്ലേ പാവം അതെ നമ്മളെപ്പോഴും ഇങ്ങനെയാ കുറവ് ആരോ പറയേ ഉഴുന്നുവടയുടെ ദ്വാരേ കാണുള്ളൂ ഉഴുന്നുവട കാണില്ല അതെ കുറവ് മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് അർജുനൻ നീ എന്താ വേണ്ടത് നിന്റെ നീ എന്റെ ഉഗ്രമായ രൂപം കണ്ടിട്ട് പേടിപ്പെട്ടുവെങ്കിൽ ഭയപ്പെട്ടുവെങ്കില് വിഷമിക്കേണ്ട ഭയപ്പെടേണ്ട എന്റെ ഇതാ ശരിയായിട്ടുള്ള ഭാവം അല്ലെങ്കിൽ എന്റെ നിന്റെ മനസ്സിനെ ശാന്തമാക്കാൻ പോകുന്ന ഭാവത്തെയും കൂടെ ഭാവത്തെ നീ കണ്ടൂ എന്ന് പറയുക എന്നിട്ട് സഞ്ജയൻ പറയുന്നു എന്താ പറയുന്നത് സഞ്ജയ ഉ ർജുനം വാസുദേവസ് തഥോക് സ്വകം രൂപം ദർശയാമാസ ഭൂയ ആശ്വാസയാമാസ ഭീതമേനം ഭൂ സൗമ്യവുത്മാരികൃഷ്ണൻ അർജുനം ഇതി ഉ അർജുനോട് ഉപ്രകാരം സ്വകം രൂപം ഭൂയഹ സ്വന്തം രൂപത്തെ ധരിച്ചിട്ട് ഭൂയഹ വീണ്ടും ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും ദർശയാമാസ അവന് കാണിച്ചു കൊടുത്തു അർജുനന് കാണിച്ചു കൊടുത്തു എന്ന് പറയാം അർജുനൻ കണ്ടു ഇതിപ്പോ സഞ്ജയനിൽ നിന്നാണല്ലോ നമ്മൾ അറിയുന്നത് ഭഗവാൻ കാണിച്ചു കൊടുത്തു മഹാത്മാ മഹാത്മാവായിട്ടുള്ള ഭഗവാൻ തഥാ സൗമ്യവപുഹു അങ്ങനെ സൗമ്യ വപുഹു സൗമ്യമായ ശരീരത്തോട് കൂടിയിട്ട് ഭൂത്വ തീർന്നിട്ട് സൗമ്യ വപുഹു ഭൂത്വ സൗമ്യമായ ഭാവത്തോടുകൂടി ഭാവത്തോടു കൂടിയവനായി തീർന്നിട്ട് ഭീതം ഏനം പുന ആശ്വാസയാമാസച്ച എന്താ ആ ഭീതനായ ഭയപ്പെട്ട ഏനം അർജുനനെ പുനഃ പിന്നീട് ആശ്വാസയാമാസച്ച ആശ്വസിപ്പിക്കുകയും ചെയ്തു ഭഗവാൻ എന്ത് ചെയ്തു അവനെ ആശ്വസിപ്പിച്ചു എന്ന് പറയാം അർജുനൻ മഹാത്മാ മഹാത്മാവായിട്ടുള്ള ഭഗവാൻ തഥാ സൗമ്യവപുഹു അങ്ങനെ സൗമ്യ വപുഹു സൗമ്യമായ ശരീരത്തോട് കൂടിയിട്ട് ഭൂത്വ തീർന്നിട്ട് സൗമ്യ വപുഹു ഭൂത്വ സൗമ്യമായ ഭാവത്തോടു കൂടി ഭാവത്തോടു കൂടിയവനായി തീർന്നിട്ട് ഭീതം ഏനം പുനഃ ആശ്വാസയാമാസ എന്താ ആ ഭീതനായ ഭയപ്പെട്ട ഏനം അർജുനനെ പുനഃ പിന്നീട് ആശ്വാസയാമാസ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഭഗവാൻ എന്ത് ചെയ്തു അവനെ ആശ്വസിപ്പിച്ചു എന്ന് പറയാം അർജുനനെ അങ്ങനെ ആശ്വാസ ആശ്വാസം കൊണ്ട് അങ്ങേയറ്റത്തെ ആശ്വാസമൊക്കെ നേടിയിട്ടുള്ള അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കുന്നു അർജുനം ൃത്ത എന്താണ് അർജുനൻ ഭഗവാൻ അർജുൻ എന്താ അർജുനൻ ഭഗവാനോട് പറയുന്നത് ഹേ ജനാർദ്ദന അല്ലയോ ഭഗവാനേ തവ ഇതം സൗമ്യം രൂപം ദൃഷ്ട അങ്ങയുടെ സൗമ്യമായ ഈ രൂപത്തെ ദൃഷ്ട ഞാൻ കണ്ടിട്ട് ഇതാനിയും ഇതാ ഇപ്പോൾ സ ചേ സചേതാഹാ പ്രകൃതി ഗത സംവൃ അസ്മി ഞാൻ ഇപ്പം എന്താണ് സചേതാഹ സ്വസ്ഥിത്തനായി എന്ന് പറയാം എൻ്റെ മനസ്സിന് അങ്ങേയറ്റം ശാന്തി സമാധാനം പ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞാൽ ആ സ്വഭാവത്തെ ശാന്തമായ പ്രകൃതിയെ ഗത പ്രാപിച്ചവനായി ഞാൻ തീർന്നു അപ്പം അർജുനന് ആ വലിയൊരു ആശ്വാസം ഭഗവനും ഭഗവാനും അതിൽ നിന്ന് എന്താ പറയാ ആവും അർജുനൻ എന്താണ് അപ്പോൾ പറയില്ലേ നമ്മൾ ആ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിച്ച ആൾക്കൊരു ആശ്വാസം കിട്ടില്ലേ കിട്ടുമല്ലോ ആവു ഇവനത് പഠിച്ചു ഒരു കാര്യം ഇങ്ങനെ എങ്ങനെയാണത് ഒരു ചില ഈ കമ്പികളൊക്കെ ഇങ്ങനെ കോർത്തിട്ടിട്ട് ഒരു കളിയുണ്ടല്ലോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ എടുക്കുക കണ്ടിട്ടില്ലേ ചില പത്ത് രൂപയൊക്കെ കൊടുത്താൽ കിട്ടും രണ്ട് ആണികളിങ്ങനെ വളച്ച് ഇട്ടിട്ട് അപ്പൊ അതിനെ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും അതൊരു പ്രത്യേക വിദ്യയാണ് അതങ്ങനെ അപ്പൊ ഒരാൾ എന്നാ എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു അത് അങ്ങനെ അവസാനം അത് ഇതാ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അത് പഠിപ്പി ആ മനസ്സിലായി മനസ്സിലായി ഇതുപോലെ അർജുനന് ഭഗവാന്റെ എന്താ ശരിയായിട്ടുള്ള ഭാവം ഇപ്പൊ അർജുനൻ എങ്ങനെയാണോ മുൻപ് ഭഗവാനുമായി വ്യാപരിച്ചത് ആ ഭാവത്തെ കണ്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു ഒരു കള്ളനെ ഒരിക്കലും അച്ഛൻ പണി പഠിപ്പിച്ചിരുന്നു ഇതുപോലെ അപ്പം അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി അല്ലെങ്കിൽ ഭയമായിരുന്നു എൻ്റെ കാര്യം ആലോചിച്ചിട്ട് എന്താണെന്നാണെങ്കിൽ താഴിയായിട്ടുള്ള പരമ്പരയായിട്ട് കള്ളന്മാരുണ്ട് അത്ര ഒന്ന് സ്വാമിക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അത് ഓരോ കാര്യം പറയാൻ വേണ്ടി പറയണു ഉള്ളൂ അച്ഛൻ കള്ളനാണെങ്കിൽ മകൻ കള്ളനാവണം കള്ളനാവണമെന്നൊന്നുമില്ല പക്ഷേ ഇവരങ്ങനെയാണ് അച്ചാച്ചൻ കള്ളനായിരുന്നു അങ്ങനെ ഒരു കള്ളൻ കുടുംബമായിരുന്നു അപ്പൊ ഒരു ദിവസം കൊണ്ടുപോയി നോയി കാക്കാൻ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഒരു മുറിക്കകത്ത് ഇവനെ അച്ഛൻ വലിയൊരു അലമാറ എന്തോ ഉണ്ടായിരുന്നു അപ്പൊ അതങ്ങനെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവനെ ഇട്ടിട്ട് അച്ഛൻ വാതിലടച്ചു വാതിലടച്ച അച്ഛൻ ബഹളം ഉണ്ടാക്കിയ അച്ഛൻ അവിടുന്ന് ഓടിക്കളഞ്ഞു എന്നാ അപ്പം ഇതെന്തൊരു കക്കല ഇത് കാരണം ആളുകളൊക്കെ വിളക്കൊക്കെ കത്തിച്ചു ഇങ്ങനെ കള്ളം വന്നു എന്നുള്ള ഓട്ടോ ആയി അപ്പം ഇവനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇവനെങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണമല്ലോ ഇവനെന്തായാലും ഇവനെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ഈ അലമാറയ്ക്കകത്തുന്ന പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കി എന്നാ പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ തോന്നി ശരിക്കും അവനങ്ങോട്ട് പൂച്ചയെ ആവാഹിച്ചു പൂച്ചയെ പോലെ കരഞ്ഞപ്പം ആളുകൾ ചോദിച്ചോ ഇതിൻ്റെ അകത്ത് പൂച്ച ഉണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ അലമാര തുറന്ന സമയത്ത് അവനതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി പുറത്ത് ചാടി ഓടി വഴി ഓടി അങ്ങനെ അവനൊരു കിണറ്റിലൊരു കല്ലെടുത്തിട്ട് അപ്പം ആളുകൾ വീണു എന്ന് വിചാരിച്ചു അവിടെ മോടി സ്വന്തം വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം അച്ഛൻ അച്ഛനുണ്ട് അവിടെ അച്ഛനോട് ചോദിച്ചു നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് അച്ഛൻ പറഞ്ഞു അപ്പം എനിക്ക് സമാധാനമായി കാരണം നീ പഠിച്ചു എങ്ങനെയാണ് കാര്യങ്ങൾ പഠിച്ചു എന്ന് പറയും ഭഗവാനും സമാധാനായി അർജുനന് ആ ഭയമൊക്കെ നീങ്ങി അവൻ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ഒരു സമാധി ഭാവത്തിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്ന ആ സദ്വസ്തു ഏകവസ്തു ആ ബോധം മാത്രമായിട്ടുള്ള ആ ഭഗവാനാണ് ഇതം ഈശാവാസ്യം ഇതം സർവം എന്ന അറിവിൽ വിരാജിക്കുകയും ഒപ്പം എന്താ സ്വപ്രവൃത്തി ചെയ്യാൻ കർമ്മക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരല്ലോ രണ്ടും ആവശ്യമാണ് അത് ഏത് സമയവും ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ല അങ്ങനെ ഈ അടുത്തൊരു കഥ വായിക്കുകയുണ്ടായി ഈ ആധ്യാത്മിക പ്രഭാഷണത്തില് ഭർത്തൃ ധർമ്മ അതായത് ഭാഗവതത്തിലൊക്കെ പറയുമല്ലോ അത് എങ്ങനെയാണ് ഭാര്യ ഭർത്തൃ ധർമ്മത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുപോലെ എന്തോ ഒരു പ്രഭാഷണം കേട്ടു അത്രേ അപ്പൊ വീട്ടിൽ വന്നിട്ട് അവർക്ക് വല്ലാതെ അവർക്ക് അവിടെ നിന്ന് അവരെ സ്വാധീനിച്ചു ഓ ഭർത്താവിനെ പരിചരിക്കേണ്ടത് ഇങ്ങനെയൊക്കെയല്ലേ ഭർത്താവ് എന്ന് പറഞ്ഞാല് ദൈവമാണ് ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് അട്ടിച്ച് വീശി കൊടുത്തു അവർക്ക് അതിൽ നിന്ന് വല്ലാത്തൊരു പ്രചോദനം അപ്പൊ അവർ വീട്ടിൽ അങ്ങനെ കാത്തിരിക്കുക ഭർത്താവിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവര് കാത്തിരിക്കണം ഇങ്ങനെ കാത്തിരിക്കണം അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നീ ആരെയായി കാത്തിരിക്കുന്നു തോട്ടം തന്നെ പറഞ്ഞു അങ്ങേ കാത്തിരിക്കുന്നു ഓ ഇത് പറ്റി കഴിക്കുമ്പോഴും വെള്ളം കിണ്ടിയിൽ വെള്ളം കൊണ്ടിരുന്നു കഴുകാൻ അപ്പൊ അദ്ദേഹം ഷൂ അഴിക്കുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുത്തു എന്നാ എന്താ നീ കാണിക്കുന്നു ഓ ക്ഷമിക്കണം എന്നൊക്കെ ൊണ്ടുവരുന്നുടപ്പിച്ചു അപ്പൊ അദ്ദേഹം മേടിച്ച് തുടച്ചു എന്തോ കാര്യസാധ്യമായിരിക്കുന്നു വിചാരിച്ചു ആദ്യം പക്ഷെ തുടർന്നുള്ള പ്രവർത്തനത്തിലൊക്കെ പിന്നെ അദ്ദേഹത്തിന് സംശയം തോന്നി അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു ഭക്ഷണം അങ്ങനെ എടുത്തു കൊടുക്കുന്നതില് അദ്ദേഹം അങ്ങനെ കഴിക്കുന്ന സമയത്ത് അങ്ങനെ നോക്കിയിരിക്കുന്നു ഇദ്ദേഹം ചോദിച്ചു എന്താ എന്ത് പറ്റും ഒന്നുമില്ല എന്തോ സംഭവിച്ചിട്ടുണ്ടോ അല്ല ഞാൻ ശരിയാവില്ല ഡോക്ടറെടുത്ത് കൊണ്ടുപോയിന്നെ കാരണം അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതാണ് ഇതിനെ നേരെ വിപരീതമാവാന്നാണ് കഥ തുടരുന്നുണ്ട് രസമാണ് കഥ കഥ പറയുന്നത് വീ വീണ്ടും പ്രഭാഷണ ഉറക്കൂളി കൊടുക്കുന്നതാണ് ഡോക്ടർ ഡോക്ടർ പറയും അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്തോ ഒരു ഹിസ്റ്റീരിയ പോലുള്ള എന്തോ ആണ് കാര്യമാക്കണ്ട പറ എന്തോ മരുന്നൊക്കെ കൊടുത്തു ഉറങ്ങാനൊക്കെ പിന്നെയും പോകുന്ന പ്രഭാഷണത്തിന് പിന്നെ അവിടെ ടോപ്പിക്ക് മാറും ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവിടെ സ്വസ്വരൂപ അനുസന്ധാനമാണ് മനോബുദ്ധി അഹങ്കാര ചിത്താനീനാഹം പിന്നെ അവിടെ ഭാര്യയില്ല ഭർത്താവില്ല ഒന്നുമില്ല അതാ കേട്ടത് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അദ്ദേഹം ചോദിച്ചു ഇതെന്താ അവിടെ ആരുല്ലേ പറയും ആരുമില്ല എന്ന് പറയും ശിവോഹം ശിവോഹം അതൊക്കെ നമുക്ക് പറ്റാറുള്ളതാ കുറച്ച് വേദാന്തം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഏതോ ഒരു ഭൂമികയിൽ വിരാജിക്കുക ഇവിടെ വിശ്വരൂപത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതാ അർജുന ആ നോർമൽ അർജുനനായി അർജുനൻ ഏതൊരു അർജുനനാണോ വിശ്വത്തിന് മുഴുവൻ മൂർത്തിയാണ് അങ്ങ് ഈ ജഗത്തിന്റെ പിതാവാണെന്ന് പറഞ്ഞ ആ അർജുനന് ഒരുപോലെ ഇറങ്ങിവരാൻ ഇത് നമുക്ക് സാധിക്കണം ഇറങ്ങിവരാനും കയറാൻ രണ്ടും അതാണ് ആധ്യാത്മികതയുടെ ഒരു സവിശേഷമായിട്ടുള്ളൊരു കാര്യം ഒരു കല എന്ന് പറയാം അല്ലാതെ മറ്റുള്ളവർക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം അത്തരത്തിലുള്ള സംഭാഷണം എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാ എന്ത് ഞാൻ ശരീരമല്ലല്ലോ ശരീരം നശ്വരമല്ലേ സ്വാമി അല്ലേ അതുകൊണ്ട് ശരീരത്തിന്റെ അസുഖം എൻ്റെ എൻ്റെതല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പോകുന്നു ഇത് ഞാൻ സമർപ്പിച്ചിരിക്കണം അതുകൊണ്ട് ഇവിടെ അർജുനൻ ആ പഴയ ഭാവത്തെ പ്രാപിച്ചവനായി സ്വസ്ഥചിത്തനായി എന്ന് പറയാ ആ സമചിത്തത അതിനെ കൈവടിയരുത് വിശ്വരൂപത്തിൽ വിശ്വരൂപതയെ ഇവിടെ ഉപസംഹരിക്കാൻ പോവാണ് വിശ്വരൂപത്തോടൊപ്പം തന്നെ രണ്ടാം അധ്യായം രണ്ടാം അധ്യായം ഭഗവത്ഗീതയുടെ കാതലായതാണ് ഭഗവാൻ പറയാനുള്ളത് മുഴുവൻ സംഗ്രഹിച്ച് എന്താ പറയുക വളരെ ഭംഗിയായി അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് അശോചിയാൻ എന്ന് തുടങ്ങിയിട്ട് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ അതായത് ഉള്ളതിന് ഇല്ലായ്മയോ ഇല്ലായ്മയ്ക്ക് ഉണ്മയോ ഉണ്ടാകുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പല കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് സ്വാമി ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുക കാരണം ഇനിയിപ്പം നമ്മളിങ്ങനെ കഴി കഴിയാൻ പോവുകയാണ് അപ്പൊ ഇത് നന്നായി ഉറപ്പിക്കേണ്ട ഒന്നാണ് സ്കൂളിൽ നമ്മൾ പഠിച്ചു വന്ന ഒരു രീതിയുണ്ട് നമുക്ക് അധ്യാത്മശാസ്ത്രത്തേക്കാൾ കൂടുതൽ നമുക്ക് ശ്രദ്ധയും വിശ്വാസവും നാം പഠിച്ച ചരിത്രവും നാം പഠിച്ച സയൻസും മറ്റുമാണ് അതിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് അതിൽ ലോകത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് പറഞ്ഞതൊക്കെയാണ് നമുക്ക് കുറേയും കൂടെ സ്വീകാര്യം ശരിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു ലോകോത്പത്തിയെക്കുറിച്ച് ഭൗതികശാസ്ത്രകാരൻ പുതിയ ആധുനികനാകട്ടെ പൗരാണികനാകട്ടെ ശാസ്ത്രകാരൻ പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെ പരിണാമം അമീബയിൽ തുടങ്ങിയിട്ട് അതായത് ഡാർവിൻ്റെ പരിണാമവും മറ്റും അതിൽ ഇപ്പം തർക്കം നടക്കുന്നു ഇരിക്കട്ടെ മനുഷ്യനെക്കുറിച്ച് നാം പഠിക്കുന്നത് മനുഷ്യൻ വളരെ കാലം മുൻപ് ഇപ്പോഴും നമുക്ക് ആ വിശ്വാസം ഇപ്പോഴും നമുക്ക് ഉറപ്പായിട്ടുണ്ടെന്ന് പറയാം വളരെ വർഷങ്ങൾക്കപ്പുറത്ത് എത്രയോ യുഗങ്ങൾക്ക് അവൻ ഒട്ടും സംസ്കാരം ഇല്ലാത്തവനായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അവനാ വിവേകാനന്ദ സ്വാമികളെ ഏറ്റവും കൂടുതൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും ഇത് തന്നെയാണ് നിന്റെ മുത്തശ്ശൻ മരമണ്ടൻ എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് മുത്തശ്ശൻ ഉം പിന്നെ അച്ഛൻ്റെ കാര്യം പിന്നെ പറയണെന്ന് ചോദിക്കുക അതുകൊണ്ട് പൂർവികന്മാരെല്ലാം അജ്ഞാനികളായിരുന്നു അങ്ങനെ അവര് ക്രമത്തില് അവർ ജീവിച്ച യുഗത്തെ നമ്മൾ പഠിച്ചു കാണാതെ പഠിച്ച് എഴുതി വെച്ചു എന്തൊക്കെയാണ് ശിലായുഗത്തിലെ മനുഷ്യൻ ശിലായുഗത്തിലെ മനുഷ്യൻ ശില കൊണ്ട് എന്താ പല ആയുധങ്ങളും നിർമ്മിച്ച് അവന്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോന്നവൻ അല്ലെ ഗുഹാ മനുഷ്യൻ ഗുഹയ്ക്കകത്ത് മാത്രം ഇരുന്നവൻ പലതിനെ കണ്ടും പേടിച്ചിരുന്നവൻ അവന് പേടിയായിരുന്നു അങ്ങനെ അവൻ മിന്നലും ഇടിമിന്നലിലൊക്കെ അവൻ പേടിച്ചിട്ട് എന്തൊക്കെയോ പിച്ചും പയ്യും പറഞ്ഞു അതാണ് വേദം പണ്ടേ അങ്ങനെ പിന്നെ എപ്പോഴോ കല്ല് ഒരയ്ക്കുന്ന സമയത്ത് അവൻ അഗ്നി കണ്ടുപിടിച്ചു അഗ്നി കണ്ടുപിടിച്ചതോടുകൂടി അവന് എന്താ പുരോഗതി ഉണ്ടായി പിന്നെ അവൻ അല്ലെങ്കിൽ ഇത് എറിഞ്ഞ് അവന് അവൻ്റെ ആഹാരം ശേഖരിക്കുക പിന്നെ അഗ്നി കണ്ടുപിടിച്ചു അപ്പം വേവിച്ച് കഴിക്കാനൊക്കെ തുടങ്ങി പിന്നെ അവൻ ചക്രം കണ്ടുപിടിച്ചു ചക്രം കണ്ടുപിടി യന്ത്രമനുഷ്യനായി തീർന്നു എന്ന് പറയാം അങ്ങനെ ഇവൻ വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് ലാപ്ടോപ്പും പാം ടോപ്പും ഒക്കെ ആയപ്പം ഇവന്റെ ബുദ്ധിയുടെ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഔന്നിത്യം അങ്ങട്ടങ്ങട്ട് ഇനി അങ്ങോട്ട് കൂടാനില്ലാന്ന് പറയുക അത് മനുഷ്യ ചരിത്രത്തെ നാം പഠിക്കുന്നത് ഇങ്ങനെയാണ് അതായത് അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള പ്രയാണം ശ്രദ്ധിക്കുക എന്താണ് പഠനം അറിവില്ലായ്മയിൽ നിന്ന് മനുഷ്യർ അറിവിലേക്കിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആചാര്യൻ ഉപനിഷത്തിലെ ആചാര്യന്റെ പഠനം നേരെ തല കീഴായിട്ട അതുകൊണ്ടാണ് നമുക്കിത് വലിയ വിഷമായിരിക്കുന്നത് അവിടുന്ന് പറയുന്നു സദേവ സൗമ്യ ഇതമഗ്രേ ആസീത് കുട്ടി ഇവിടെ ഉണ്മ സത് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറിവിൽ നിന്നാണ് അറിവില്ലായ്മ ഉണ്ടായത് നമ്മൾ അറിവില്ലായ്മയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വദേവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവ അദ്വിതീയം അത് ഏകം ഒന്ന് ഏവ മാത്രം അദ്വിതീയം രണ്ടില്ലാത്തത് ഇത് നമ്മുടെ അടിസ്ഥാന പ്രമാണമാണ് അതുകൊണ്ട് നിങ്ങളിവിടെ മനസ്സിലാക്കണം നമ്മുടെ ശാസ്ത്രത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നു ഇല്ലായ്മയിൽ നിന്നല്ല ഭഗവാൻ ഈ വിശ്വത്തെ സൃഷ്ടിച്ചത് ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ ഒരുവനും സാധ്യമല്ല ഉള്ളതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയത് തതൈക്ഷത അത് ആഗ്രഹിച്ചു അത് സങ്കൽപ്പിച്ചു ബഹുസ്യാം പ്രജായേയ ഇത് എനിക്ക് പലതാകണം എന്ന് അങ്ങനെ തേജസും അഗ്നിയും ആകാശവും ഭൂമിയും ജലവും മറ്റും മറ്റും മറ്റും മറ്റും ആവിർഭവിച്ചു ഈ നാനാത്വമാണ് അവിദ്യ അപ്പൊ അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്കാണ് പ്രയാണം ഇനി എന്ത് വേണം അത് തിരിച്ചു വരണം എന്ന് പറയാം അതുകൊണ്ട് നമ്മുടെ പഠനം ഉപനിഷത്തിലെ ഋഷിയുടെ പഠനം നേരെ വിരുദ്ധം വിപരീതമാണ് നാം പഠിച്ചത് വിരുദ്ധമായിട്ടാണ് അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് ഭഗവാൻ ഒന്നാം ദിവസം ഇതുണ്ടാക്കി രണ്ടാം ദിവസം അതുണ്ടാക്കി മൂന്നാം ദിവസം അതുണ്ടാക്കി ഏഴാം ദിവസം വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ സ്വാമി ഒരു മതത്തെയും പരിഹസിക്കുക അവഹേളിക്കുക അല്ല ഇത് നിങ്ങൾക്ക് ഉറപ്പാക്കി തരിക സ്വാമിയുടെ ഉദ്ദേശം അതാണ് എല്ലാ മതവും പഠിപ്പിക്കലല്ല ഗീത ഉറപ്പാക്കി തരികയാണ് വേദാന്തശാസ്ത്രം അപ്പൊ കുട്ടി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത് ഏവ സൗമ്യ ഇതമഗ്രേ അസീ അതിലൊരു സംശയവും ഇല്ല എന്ന് പറയാം ആ അറിവ് ആ ബോധം അതിൽ പലത് എന്നുള്ളത് തോന്നലാണ് അത് ഈ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതാണ് നീ എന്ന് പറയുന്നുണ്ട് തത്വമസി ഉം അപ്പം ബാക്കിയുള്ള നാമരൂപാധികളോ എല്ലാം ആയഥാർത്ഥ്യം വെറും ഭ്രമം മായ ഇത്തരത്തിലൊരു പഠനരീതി മറ്റു മതങ്ങളിൽ ഇല്ല നിങ്ങൾ മനസ്സിലാക്കൂ ദയവേ ഇത് പിന്നെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് സ്നേഹത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ജീവിതത്തില് ജീവിതത്തിലുള്ള നാം വ്യവഹരിക്കേണ്ടുന്ന മൂല്യങ്ങളെക്കുറിച്ചൊക്കെ പലയിടത്തും ചിലപ്പം അവിടെ ഇവിടെയൊക്കെ ഒരുപോലെ കണ്ടേക്കാം പക്ഷെ അടിസ്ഥാനമായിട്ടുള്ള ആ പരമമായ സത്യത്തെക്കുറിച്ചുള്ള വിവരണം ഉപനിഷത്തിലും ഗീതയിലും ഒക്കെ പറഞ്ഞതുപോലെ വേറെ എവിടെയും കാണില്ല മനസ്സിലാക്കുക ഇവിടെ ഈ പറയുന്ന കാര്യത്തിൽ അതായത് എന്താ വിശ്വരൂപ ദർശനമാകട്ടെ എല്ലാം തന്നെ രണ്ടാം അധ്യായത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആ ഉള്ളതിന് ഇല്ലായ്മയോ ഇല്ലായ്മയ്ക്ക് ഉണ്മ്മയോ എന്നുള്ള ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് അതിനൊരു മാറ്റവും വേണ്ട പിന്നെ അതിൻ്റെ ഒരു വ്യവഹാരമുണ്ട് ആ വ്യവഹാരത്തിൽ എന്താണ് എപ്രകാരമാണോ ഇലക്ട്രിസിറ്റി വൈവിധ്യമാർന്ന ഉപാധികളിലൂടെ പോകുന്ന സമയത്ത് വൈവിധ്യമാർന്ന സ്വഭാവത്തെ പ്രകടമാക്കുന്നത് അതിൻ്റെ ആ സ്വഭാവം നമുക്ക് അനുഭവി വൈവിധ്യമാർന്ന അനുഭവങ്ങൾ നാം അനുഭവിക്കുന്നത് ഇതുപോലെയാണ് ഉപാധി ഉപാധികൾക്ക് വ്യത്യാസമുണ്ട് ഇപ്പൊ ഭഗവാൻ ഈ അർജുനൻ കാണുന്ന ഈശ്വര വിശ്വരൂപ ദർശനം ഈ വിശ്വത്തിലെ എല്ലായിടത്തും ആ ഒന്നിനെ ഒളിഞ്ഞിരിക്കുന്ന ആ ഒന്നിനെ അർജുനൻ കാണുന്നു ഒന്നൊഴിയാതെ നന്നായി ഉറപ്പിക്കൂ അത് എവിടെ നോക്കിയാലും അതുകൊണ്ട് അർജുനന് എവിടെയൊക്കെ നമസ്കരിക്കണമെന്ന് അറിയില്ല അർജുനൻ എല്ലായിടത്തും കാണുന്നു അത് അതിൽ ഉഗ്രമായ ഭാവങ്ങളുണ്ട് സൂര്യോദയമുണ്ട് ചന്ദ്രോദയമുണ്ട് നക്ഷത്രങ്ങളുണ്ട് ഭൂമിയുണ്ട് ആകാശമുണ്ട് സമുദ്രമുണ്ട് നദികൾ കൈവഴികളായി പോയി സമുദ്രത്തിലേക്ക് പതിക്കുന്നുണ്ട് എല്ലാ കാഴ്ചയും അതിൽ പെടുന്നു എന്ന് പറയാം അതിൽ ഭഗവാൻ വളരെ മുൻപ് പറഞ്ഞിട്ടുള്ള ആ സൂത്രം ചരട് എങ്ങനെയാണ് എന്നിൽ ചരടായി ഞാൻ വർത്തിക്കുന്നതെന്ന ആ നൂലിനെ അർജുനൻ കണ്ടു എന്ന് പറയാം അത് വിട്ടുപോകരുത് നിങ്ങൾക്ക് അത് വിട്ടുകഴിഞ്ഞാൽ ഈ സംശയങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക ആ ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഒന്നിൽ നിന്ന് ഒന്നിൽ നിന്നാണ് ഇതെല്ലാം പിരിഞ്ഞത് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ തൽക്കാലം സ്വർണത്തിൽ മോതിരം ഉണ്ടായി ആ മോതിരത്തിൽ നിന്ന് താലി ഉണ്ടായി താലിയിൽ നിന്ന് അതുണ്ടായി ഇതുണ്ടായി എന്നൊക്കെ പറയാം എന്താണ് മൃത്തിക ഇതിയേവ സത്യം മണ്ണ് മാത്രമാണ് കുട്ടി സത്യം മൺ അതിൽ പറയണു വികാരോ നാമധേയം എന്ത് എന്ത് എന്താ പഠനത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ അതായത് ഇത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല വാചാരംഭണം വികാരം നാമധേയം വാചാരംഭണം എന്ന് പറഞ്ഞാൽ വാചാരംഭണം എന്ന് പറയുമ്പോൾ സങ്കല്പം എന്നാണ് അത്ര അതായത് ഇത് ഈ ഒരു മൈക്ക് ഏതും വിശ്വത്തിലേതും ഈ ഒരു മൈക്ക് സൃഷ്ടമാകുന്നതിന് മുൻപ് ചിലരുടെ മനസ്സിൽ ഇതുണ്ടായിരുന്നു അതിനെ ഋഷി വാചാരംഭണം എന്ന് പേരിട്ടു ഇത് പുറത്ത് വന്നപ്പോഴോ വികാരമാണ് ഏതിന്റെ വികാരം ലോഹത്തിന്റെ വികാരം നാമതേയ മൈക്ക് ഈ മൂന്നേ ഉള്ളൂ ഈ വിശ്വത്തിൽ ഇത് മൂന്നും ഇല്ലാത്തതാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇത്ര സ്പഷ്ടമായി പഠിപ്പിച്ചു തന്ന ഒരു ശാസ്ത്രം ഈ ദുനിയാവിൽ ഇല്ല മൃത്തിക ഇതിയേവ സത്യം മണ്ണ് മാത്രമാണ് കുട്ടി സത്യം മൺ അതിൽ പറയണു വാചാരംഭണം വികാരോ നാമധേയം എന്ത് എന്ത് എന്താ പഠനത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ അതായത് ഇത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല വികാരം നാമധേയം വാചാരംഭണം എന്ന് പറഞ്ഞാൽ വാചാരംഭണം എന്ന് പറയുമ്പോൾ സങ്കല്പം എന്നാണ് അതായത് ഇത് ഈ ഒരു മൈക്ക് ഏതും വിശ്വത്തിലേതും ഈ ഒരു മൈക്ക് സൃഷ്ടമാകുന്നതിന് മുൻപ് ചിലരുടെ മനസ്സിലിതുണ്ടായിരുന്നു അതിനെ ഋഷി വാചാരംഭണം എന്ന് പേരിട്ടു ഇത് പുറത്ത് വന്നപ്പോഴോ വികാരമാണ് ഏതിൻ്റെ വികാരം ലോഹത്തിൻ്റെ വികാരം നാമതേയ മൈക്ക് ഈ മൂന്നേ ഉള്ളൂ ഈ വിശ്വത്തിൽ ഇത് മൂന്നും ഇല്ലാത്തതാണ് ഇതിന്റെ അപ്പുറത്തേക്ക് ഇത്ര സ്പഷ്ടമായി പഠിപ്പിച്ചു തന്ന ഒരു ശാസ്ത്രം ഈ ദുനിയാവിൽ ഇല്ല അതുകൊണ്ട് ശ്രദ്ധിക്കും ഇതിൽ അൽപ്പങ്കിലും ശ്രദ്ധിക്കും അതേത് ശാസ്ത്രകാരൻ വന്ന് ഈ വിശ്വത്തെ പഠിക്കട്ടെ കീറി മുറിക്കട്ടെ അവൻ ചിലപ്പം കാണുമായിരിക്കും ആറ്റങ്ങൾ കാണും അതിൻ്റെ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് കാണും ഇലക്ട്രോൺ കാണും പ്രോട്ടോൺ കാണും ന്യൂട്രോൺ കാണും സ്ട്രിംഗ്സ് കാണും കോർക്ക് കാണും അങ്ങനെ അവൻ പലതും കാണും എല്ലാറ്റിനെയും ഋഷി പേരു കൊടുത്തിട്ടുണ്ട് വാചാരംഭണം വികാര നാമധേയം അതിലുള്ളതെന്താണ് മൃതിക ഇതിയേവ സത്യം മണ്ണ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് പറയാ ആ സദ്വസ്തുവിനെയാണ് എല്ലാ വൈവിധ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ സദ്വസ്തുവിനെ അർജുനൻ കാണും ഇതിനെയാണ് വിശ്വരൂപ ദർശനം എന്ന് പറയാം അതിനെയാണ് ഉദ്ധാലകൻ വളരെ ഭംഗിയായിട്ട് മിന്നൽപ്പിണരിൽ പോലും ഒരു നിമിഷം നിൽക്കുന്ന മിന്നൽപ്പിണർ പോലും കുട്ടി ഇതുപോലെ മൂന്നാണെന്നാ വാചാരംഭണവും വികാരവും നാമധേയവും അഗ്നി ഇതാണെന്ന് പറയണു ഭൂമി ഇതാണെന്ന് പറയണു ആകാശം എല്ലാം അപ്പൊ അതിനെ മുറിച്ച് പഠിച്ച അതായത് ആധുനിക ശാസ്ത്രം ഇനി കടന്നു പോകേണ്ട ആ വഴികളിലൊക്കെ നടന്ന് വിരാജിച്ച് കിടന്നുറങ്ങിയ ആൾക്കാരാണ് ഉപനിഷത്തിലെ വിദ്യാർത്ഥികൾ നിങ്ങൾ ഉപനിഷത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാ പരിപാടിയും മതിയാക്കും അതുകൊണ്ട് അതിനെ അർഹിക്കുന്ന ഗൗരവത്തിൽ അതിനെ പഠിക്കാൻ ശ്രമിക്കൂ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ എല്ലാം ഒന്ന് പറഞ്ഞിട്ട് വീട്ടിലും മിണ്ടാതിരിക്കാതെ നമുക്കതാണ് എല്ലാം ഒന്നാണല്ലോ എല്ലാം ഒന്നല്ല എല്ലാം ഇതിൽ പറഞ്ഞിട്ടുള്ളത് വളരെ കിറു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അർജുനൻ കാണുന്ന വിശ്വരൂപ ദർശനം എന്ത് എന്ന് നന്നായിട്ട് അങ്ങോട്ട് ഉറപ്പാക്കുക അത് ഭഗവാൻ പറഞ്ഞു എന്താണ് മോനെ മോനെ എന്നുള്ള പ്രയോഗമൊക്കെ ഒന്നുമില്ല നീ അത് ചോദിക്കരുത് ഉപനിഷത്തിലാണ് അത് ഉപനിഷത്ത് സ്വാമിയെ സ്വാധീനിച്ചതാണ് സൗമ്യ അല്ലയോ കുട്ടി മകനെ എന്നെ ഏത് വിധം നീ കണ്ടുവോ ഏത് പ്രകാരത്തിലാണ് അർജുന നീ എന്നെ കണ്ടത് ഭഗവാൻ പറയുന്നു പലർക്കും പല വിധത്തിൽ കാണാം നമുക്ക് പലതും കാണാമല്ലോ നമ്മൾ പറയില്ലേ നമ്മുടെ കുട്ടി ഒരു ചെറിയ വട്ടം വരച്ചു ഒരു രണ്ട് വര വരച്ചു അതിൽ നമ്മൾ എന്ത് കാണുന്നു എന്നിട്ട് അവൻ പറയുക അച്ഛനാണ് ഇത് ആ നന്നായിട്ടുണ്ട് അച്ഛനെ പോലെ തന്നെ ഇരിക്കും ഇല്ലേ പിന്നെ അവൻ അമ്മയെ വരച്ചു അമ്മയെ വരയ്ക്കുമ്പോൾ അവൻ കുറച്ച് മുടിയും കൂടെ വരച്ചു ഇല്ലേ അമ്മയാണ് ഇത് നാം കാണുകയാണ് അത് നാം ആരോപിക്കുന്നതാണ് ആ സംസ്കാരം അർജുനൻ ഉണ്ടായി എന്ന് പറയാം കാഴ്ചയിൽ ഏത് പ്രകാരത്തിൽ കണ്ടു ഭഗവാൻ അതിനെ ഭഗവാൻ അത് ആ ഒരു കാര്യത്തെ അർജുനനുമായിട്ട് പങ്കുവയ്ക്കുന്നു മാം യഥാ ദൃഷ്ടവാൻ അസി നീ ഏത് വിധം എന്നെ കണ്ടുവോ ഏവം വിധ അഹം ആ വിധത്തിൽ ഞാൻ വേദൈഹി തപസാ ദാനേന ഇജ്ജയാച്ച ദ്രഷ്ടും ന എന്ന് പറയാം ഇത് അർജുന വേദധ്യയനം ചെയ്തതുകൊണ്ടോ തപസ്സുകൊണ്ടോ യാഗം കൊണ്ടോ കാണാൻ എന്താ യോഗ്യമായിട്ടുള്ളതല്ല പിന്നെ എങ്ങനെയാ ഭഗവാനെ ഇത് കാണുക ഭഗവാൻ പറയുന്നു എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ശ്രീ ഭഗവാൻ വാച സുദുർദർശമിതം രൂപം ദൃഷ്ടി ദേവ അപ്പൂപ നിത്യം ദർശന സുദുർദർശം ഇതം രൂപം ദൃഷ്ടവാൻ അസി യത് മമ ദേവാഹ അപ്പി അസരൂപ നിത്യം ദർശനകാംക്ഷിണ ഭഗവാൻ അർജുനോട് പറയുന്നു എന്താണ് അർജുനൻ പറഞ്ഞത് അല്ലയോ ഭഗവാനെ അങ്ങയുടെ സൗമ്യമായ ഈ രൂപത്തെ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ സ്വസ്ഥ എന്ന് പറയാം അപ്പൊ രണ്ടും കാണേണ്ടതുണ്ട് എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ ആ വ്യാവഹാരിക സത്യവും പാരമാർത്ഥിക സത്യവും അതായത് ഒന്നുകൂടെ ലളിതമാക്കട്ടെ സൂര്യോദയം കണ്ട് സൂര്യാസ്തമയം കണ്ട് ആ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും ഓരോ ഭാവങ്ങളെയും ആ എന്താ അതിൻ്റെ ആ പൂർണ്ണതയോടുകൂടി സ്വീകരിക്കാനും ഒപ്പം ഇത് അയഥാർത്ഥ്യമാണെന്നറിയാനും എവിടെ അതിനെന്ത് വേണം ഭൂമി സൂര്യനിലേക്ക് പോകണം ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് പോയാൽ നിങ്ങൾക്ക് അവിടെ സൂര്യോദയവും സൂര്യാസ്തമയവും ഇല്ലാത്തതാണ് പക്ഷേ ഭൂമിയിൽ നിൽക്കുന്നിടത്തോളം കാലം സൂര്യോദയവും സൂര്യാസ്തമയവും ഉണ്ട് സൂര്യോദയം സൂര്യാസ്തമയം എന്ന ശബ്ദം തന്നെ ആ പ്രയോഗം തന്നെ തെറ്റാണ് എന്നാലും ആ തെറ്റായ പ്രയോഗത്തെ നാം ഇപ്പോഴും വഹിക്കുന്നു അല്ലെ സൂര്യോദയമുണ്ടോ ഇല്ല സൂര്യാസ്തമയമുണ്ടോ ഇല്ല പക്ഷേ ഉണ്ട് അപ്പൊ എവിടെ ഉണ്ട് എവിടെയില്ല ഇതാണ് അർജുനൻ അർജുനൻ ആ പൂർണ്ണമായ ഭഗവാന്റെ ആ വിശ്വവ്യാപിത്വം അത് അർജുനൻ ഉൾക്കൊണ്ടു അതേസമയം അർജുനന്റെ എന്താ താഴേക്ക് വന്നു ആ അർജുനൻ വ്യാവഹാരികതയിൽ നിലകൊണ്ടു എന്ന് പറയാം ഇറങ്ങിവരാനും കയറിപ്പോവാനുമുള്ള കഴിവ് നമ്മളും ആർജിക്കേണ്ടതാണ് ഭഗവാൻ പറയുന്നു മമ എത് രൂപം ദൃഷ്ടവാൻ ദൃഷ്ടവാൻ അസി മമ എൻ്റെ ൂപം യാതൊരു രൂപത്തെ ത്വം ദ്രഷ്ടവാനസി നീ കണ്ടുവല്ലോ ഇതം സുദുർ ഇതം സുദുർദർശം ഇത് കാണുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളതാണ് എപ്പോഴും കാണാൻ പറ്റുന്നതല്ല എന്ന് പറയും അല്ല നമുക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്താ ഇതിൻ്റെ പ്രയാസം ഇതിൻ്റെ ഇത് കാണാനുള്ള പ്രയാസം ആഗ്രഹങ്ങളാണെന്ന് പറയാം ഒരു പൂ കാണുന്ന സമയത്ത് നമുക്ക് ആ പൂ പൂവിൻ്റെ കാഴ്ചയിൽ നഷ്ടപ്പെടുന്നത് എന്താ നഷ്ടപ്പെടുന്നത് ആ പൂ തന്നെയാണ് അതെങ്ങനെ നഷ്ടപ്പെടുന്നു സ്വന്തമാക്കണം എന്ന ആഗ്രഹം വരുന്നു ഇതെവിടുന്നാണാവോ ഇവർ അല്ലേ ഒരു പുതിയ തരം ഒരു ചെടി ഒരു ചട്ടിയിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലങ്ങനെ അവിടേക്ക് ഗൈറ്റ് ഗൈറ്റ് തുറന്ന് കയറിയ സമയത്ത് നമ്മൾ കാണുന്നു അതങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കാന്നാ തോന്നണത് നോക്കാം അല്ലേ പോയി ഒറിജിനൽ അപ്പോഴേക്കും ആ കൈ പോയി അതിൽ തിരിച്ചു കഴിയും ഒരു മടിയും കൂടാതെ പിന്നെ അന്വേഷണം ഇത് എവിടുന്നാ അപ്പൊ ഇത് തിരിച്ചു മണത്തു അന്വേഷിക്കുന്ന ഒക്കെ സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ പൂ നമ്മൾ അതിൽ ആകൃഷ്ടരാകുന്നതിൻ്റെ കാരണം എന്തായിരുന്നു എൻ്റെ വീട്ടിൽ ഇത് ഇല്ല എന്നുള്ളത് വളരെ വളരെ വളരെ സൂക്ഷ്മമാണ് വിഷയം അതായത് ചെമ്പ ഒരു ചെമ്പരത്തി കണ്ടുകഴിഞ്ഞാൽ വീട്ടിൽ സർവസാധാരണമായിട്ട് അല്ലെങ്കിൽ റോട്ടിലും അവിടെ ഇവിടെയൊക്കെ വിരിഞ്ഞിരിക്കുന്ന ഒരു പൂ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കാറുണ്ടോ ഇല്ല കാരണം അതങ്ങനെ അതിപ്പം എല്ലായിടത്തും ഉണ്ട് എന്നതാണ് ഇതെൻ്റെ വീട്ടിലില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു വിത്ത് അല്ലെങ്കിൽ ഇത് ചട്ടിയോടുകൂടി അല്ലെങ്കിൽ രാത്രി വരെയൊക്കെ കിടന്നുറങ്ങിയാൽ ആ സമയത്ത് എങ്ങനെയെങ്കിലും ഇത് വീട്ടിലെത്തിക്കണം എന്ന ചിന്തയാ അതല്ല ഈ ഫ്ലവർ ഷോനൊക്കെ പോകുന്ന സമയത്ത് ഓരോന്ന് മേടിച്ച് കൊണ്ടുപോകുമല്ലോ അത് മേടിച്ച് ചെ ചിലതൊക്കെ കവറിൽ ഈ വിത്തുകളൊക്കെ മേടിക്കും കവറിൽ ആ മേശയിൽ മേശയിൽ അവിടെ എവിടെയെങ്കിലും ഇടും അതൊന്നും പിന്നെ വിടൊന്നുമില്ല കാണുന്ന സമയത്ത് ആ ഇതൊക്കെ വീട്ടിൽ വേണം എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് അധ്വാനിക്കണം ഇതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ പലരും മേടിക്കുന്നു അപ്പം ഞങ്ങളും പിന്നെ ഒന്നും മേടിക്കാതെ ആളുകൾ എന്ത് വിചാരിക്കും അപ്പം പല ആഗ്രഹങ്ങൾ കാമനകൾ ഈ വിശ്വത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇത് കാണുക എന്നത് പ്രയാസമാണ് ഇതിലെ പ്രയാസം എന്താണ് അഹങ്കാരത്തെ നീൽക്കേണ്ടതുണ്ട് എന്ന് പറയാം ഇതാണ് ഗീതയുടെ ഭഗ ആചാര്യസ്വാമികൾ പറഞ്ഞത് ഞാനെന്നും എന്റേതെന്നും അതിന് ഭഗവാൻ പറഞ്ഞു ഭ്രാന്തിപ്രത്യം എന്ന് ആചാര്യസ്വാമികൾ അവന്റെ മിഥ്യാധാരണ അത് കാരണം ഇത് കാണുക എന്നത് പ്രയാസം ദേവാഹ അഭി ദേവന്മാർ പോലും നിത്യം അസ്യ രൂപസ്യ ദർശനകാംക്ഷിണ എപ്പോഴും ഈ രൂപത്തിന്റെ ദർശനം ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ ഇവിടെ ദേവന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും തത്വവിചാരത്തിന് അതിനെ വിധേയമാക്കുമ്പോ ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ് നമുക്ക് പരിചയമുള്ള ദേവന്മാരാണ് നമുക്ക് പരിചയമില്ലാത്ത ആകാശത്തിലൊക്കെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ ഇരുന്നോട്ടെ എന്ന് പറയാം മേൽക്കൂര ഉള്ളതുകൊണ്ട് ഭദ്രാണ് അവരാരും ഇങ്ങോട്ട് പെട്ടെന്നൊന്നും വരില്ല ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാ പക്ഷെ ഇന്ദ്രിയങ്ങൾക്ക് കിട്ടുന്നില്ല മനസ്സിലാക്കേണ്ടതാ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ഇന്ദ്രിയങ്ങൾ പലതിന്റെയും പിറകെ ഉപനിഷത്ത് പറയുന്നുണ്ടല്ലോ യഥാ സൂത്രേണ പ്രബദ്ധ ശകുനി ദിശം ദിശം പതിത്വ അന്യത്ര ആയതനം അലബ്ധ ബന്ധനമേവ ഉപാശ്രയേത് കെട്ടിയിട്ട കിളി ഓരോന്നിലേക്ക് ചാടുകയാണ് പറക്കുക പറക്കുക വീണ്ടും ഭഗവാൻ പറയും അഹം വേദനയാക്കം വിധ ദ്രഷു ദൃഷ്ടൻ അതി മാം യം യൃഷ്ടി എണ് ഏതു വിധം നിയണ്െ കണ്ടു അതു വിധം ജാൻ നിനക്ക് അഹം വേദൈഹി തപസാ ദാനേന ഇജയാച്ച ദ്രഷ്ടും ന ശക്യ പറയണു വേദങ്ങൾ കൊണ്ട് വേദാധ്യയനം കൊണ്ടോ തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ യാഗം കൊണ്ടോ കാണാൻ കഴിയപ്പെടുന്നതല്ല അപ്പൊ നീ കണ്ടത് ഇത്തരത്തിലുള്ള വേദാധ്യനം ചെയ്തത് അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞുവല്ലോ ഇവിടെ എന്താ ദാനം ചെയ്തതുകൊണ്ടോ യാഗം ചെയ്തത് ഒന്നുമല്ല ഇനിയാണ് ഭഗവാൻ ഭക്തി എന്നതിന് അവതരിപ്പിക്കാൻ വിശ്വരൂപ ദർശനത്തിന് നിനക്ക് സാധിച്ചത് ഇന്നതുകൊണ്ട് അതുകൊണ്ട് ഭഗവാൻ ഉറപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്നെ കാണാൻ സാധിക്കുന്നത് നോക്കാം ഭക്യാത്വനന്യമേവം വിധോർജുനും ദ്രഷ്ടും പ്രവേഷ്ടും ചരം തപ ഈ ആശയത്തെ ആചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറയുന്നു കുരുദേ ഗംഗാസാഗരഗമനം വ്രതപരിപാലന മതവാദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തി ഭജതി ന ജന്മശതേന പറഞ്ഞത് കുരുദേ ഗംഗാസാഗരഗമനം ചെയ്യുന്നു ഗംഗയിലേക്ക് ഗംഗയിൽ എല്ലാ വർഷവും പോയി സ്നാനം ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ച് അത് അത്രയും അങ്ങോട്ട് നമ്മൾ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്നു പമ്പയിൽ സ്നാനം ചെയ്യുന്നു അല്ലേ പമ്പാ സ്നാനം വളരെ വിശേഷമാണ് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലുമൊക്കെ നദികളിൽ കുരുതേ ചെയ്യുന്നു അഥവാ വ്രത പരിപാലനം അഥവാ ദാനം വ്രതം പല വിധത്തിലുള്ള എന്താ ദാനം ഇത്യാദി സക്കാത്തു കൊടുക്കുക അല്ലെങ്കിൽ പലതും ചെയ്യുന്നു എല്ലാം എന്താ ജ്ഞാനവിഹീന അറിവില്ലാതെയാണ് എങ്കിൽ മുക്തി ഭജതി മോക്ഷം എന്നത് ന ജന്മശതേന നൂറ് ജന്മം ഇങ്ങനെ ഇത് ചെയ്താലും കിട്ടില്ലയാണ് ന കർമ്മണ ഉപനിഷത്ത് പറയും ന കർമ്മണ ന പ്രജയ ന ധനേന ത്യാഗം കൊണ്ട് മാത്രം അപ്പൊ എന്താണ് ത്യാഗം ത്യാഗം എന്താണ് അത് ജ്ഞാനമാണെന്നും ജ്ഞാനം എന്താണ് അത് ഭക്തിയാണ് എന്നൊക്കെ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോവുക ഭക്തിയിലേക്ക് ഭഗവാൻ ഇതാ പ്രവേശിക്കുന്നു എന്താ പറയണത് പറയണു ഭക്തിയാ ശക് അഹമേവം വിധ ഹേ അർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോക നമുക്കൊരു ഒരു ഗ്യാരണ്ടി തരിക എന്ന് ഒരു ഉറപ്പ് തരിക എന്താ ഭഗവാൻ തരുന്ന ഉറപ്പ് അല്ലയോ പരന്തപ നല്ലൊരു സൂചനയാണ് പരന്തപ എന്ന് പറഞ്ഞാൽ പരമായിട്ടുള്ള മറ്റുള്ളതിനെയൊക്കെ തപിപ്പിക്കാൻ പോകുന്ന കഴിവുള്ളവർ നമ്മളോട് തന്നെയാ എന്തൊക്കെ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാറ്റിനെയും മാറ്റി നിർത്തി ജീവിക്കാനുള്ളൊരു പ്രേരണ ഉണ്ടല്ലോ എപ്പോഴും അല്ലേ അതൊക്കെ ആരാ തന്നിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതിനെയൊക്കെ പതിനഞ്ചാം അധ്യായത്തിലൊക്കെ വിസ്തരിക്കുന്നുണ്ട് അപ്പം മറ്റുള്ളതിനെ മുഴുവൻ മാറ്റി നിർത്താനുള്ള ശേഷി നമുക്കുണ്ട് ആ നിലയ്ക്ക് മറ്റുള്ളതിനെ ചൂടുപിടിപ്പിക്കാനും തപിപ്പിക്കാനും എതിർ നിർത്താനും ഒക്കെ നമുക്ക് സാധിക്കും എന്ന് പറയാം വേണം എങ്കിൽ അപ്പൊ അതിനുള്ള കഴിവുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മളെ തന്നെയാണ് വിളിക്കുന്നത് ഹേ പരന്തപ അല്ലയോ അർജുന ധ അഹം ഏവം വിധം ഏവം വിധമായിട്ടുള്ള അഹം ഞാൻ തത്വേന പാരമാർത്ഥികമായി ജ്ഞാതും അറിയാനും എന്തൊക്കെയാ അവിടെ പറയുന്നത് ഈശ്വരനെ അറിയാനും ദ്രഷ്ടും കാണാനും ഇതാ പ്രവേഷ്ടും പ്രവേശിക്കാനും അനന്യ അനന്യമായ ഭക്തിയാത്തു ഭക്തി കൊണ്ട് ശക് സാധ്യനാകുന്നു അപ്പൊ എന്നെ കാണാനും എന്നെ അറിയാനും എന്നിലേക്ക് പ്രവേശിക്കാനും ഭക്തി ഒന്ന് ഉപായമാണ് എന്താ ഭക്തി എന്ന് പറഞ്ഞാല് സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി ഇത് അഭിധീയത സ്വാത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് നാരദരു മോക്ഷകാരണ സാമഗ്രിയാം ഭക്തിരേവരീയസി എന്നൊക്കെ ആചാര്യസ്വാമികൾ മോക്ഷകാരണം ആയിട്ട് ശ്രേഷ്ഠമായി ഏതെങ്കിലും ഒന്നുണ്ട് എങ്കിൽ അത് ഭക്തിയാണ് അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അയ്യോ സ്വാമി ഞങ്ങളൊക്കെ വലിയ ഭക്തന്മാരാണ് സ്വാമി ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കാരണം ഞങ്ങൾ കണ്ടില്ലേ സ്വാമി ഞങ്ങളുടെ നെറ്റിയില് ഭക്തിയുടെ ലക്ഷണം കാണുന്നില്ലേ ഭക്തിയുടെ ലക്ഷണം ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ വരൂ സ്വാമി ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ തന്നെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പനാണ് ഈ വീട് നോക്കുന്നത് നോക്ക് ഞങ്ങൾ പോലും അല്ല സ്റ്റിക്കർ ഒട്ടിച്ച് ഈ വീടിൻ്റെ ഐശ്വര്യം ഗുരുവായൂരപ്പനാണ് എന്നിട്ട് ആ വീടിന് വല്ല ഐശ്വര്യം അത് വേറെ കാര്യം ഇല്ലേ ആ ഒട്ടിച്ച് വെച്ച് തന്നെ പകുതി പൊളിഞ്ഞ് ചുരുണ്ട് പിടിച്ച് ചളി പിടിച്ച് കിടക്കുന്നു ഇതൊക്കെ ഒട്ടിക്കുന്നത് സ്വാമി പറഞ്ഞിട്ടുണ്ട് വലിയ ഉത്തരവാദിത്വമാണ് അതിലും നല്ലത് ഞാൻ തന്നെയാണ് ഈ വീടിൻ്റെ ഉത്തരവാദി എന്ന് വെക്കുന്നത് കാരണം ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ഭക്തൻ എന്ന് പറഞ്ഞാൽ അതീവ ശ്രദ്ധാലുവാണ് ശ്രദ്ധാലു ആവും ഉഴപ്പനല്ല ഭക്തൻ പക്ഷേ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഭക്തന്മാരെല്ലാം ഈശ്വരൻ അങ്ങോട്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊടുത്ത് ഇവൻ മിണ്ടാതിരിക്കുക എല്ലാം ഭഗവാൻ നോക്കിക്കോളും കുരുത്തക്കേടുകളെല്ലാം ഞാൻ ചെയ്യും മൂപ്പര ഞാൻ കോണിച്ചോട്ടിൽ ഇരുത്തിയിട്ടുണ്ട് എന്ന് പറയാം ഭക്തി എന്ന് പറയുന്നതാണ് ഇനി അടുത്ത അധ്യായം അപ്പൊ ഭഗവാൻ അതിനൊരു മരുന്നിട്ടും ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ നോക്കണം ഗീത തുടർന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഒരു സൗന്ദര്യം അപ്പൊ പന്ത്രണ്ടാം അധ്യായം മാത്രമേ നമ്മൾ കേൾക്കുമ്പം അർജുനെ അങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് ഒരാഴ്ചയൊക്കെയല്ലേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് പറയണമല്ലോ ആ അത് എല്ലാം എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ അങ്ങോട്ട് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ക്രമം മനസ്സിലാവും ഇപ്പൊ ഭഗവാൻ ഇവിടെ ഈ അധ്യായം അവസാനിക്കുമ്പം ഭക്തിയെക്കുറിച്ച് പറയണം ഭക്തി കൊണ്ട് ഇത് സാധ്യമാണ് എന്താണ് ഭക്തി ഇതൊക്കെ പറയാൻ പോവുക വീണ്ടും ഭഗവാൻ പറയും മത്കർമ്മ സംഗവർജിതർവഭൂതേഷു पांडव ओं तत्सतम भगवद्गीताषत्सु ब्रह्म विद्याजुन संवा विश्वर्शन योगो नाम एकादश्याय മത് മത്കർമ്മത് മത് പരമ മത് ഭക്ത സംഘ വിവർജിത സംഘവർജിത നിർവൈര സർവഭൂതേഷു യഹ സ മാതി ഹേ പാണ്ഡവ ഹേ പാണ്ഡവ അല്ലയോ അർജുന മത് കർമ്മകൃത് നീ എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നവനാകൂ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാ മുൻപ് യത് കരോഷി യത് അശ്നാസി യജുഹോഷി ദൗന്ദേയ തത് കുരുഷ മതർപ്പണം ഭഗവാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മത്കർമ്മകൃത് എനിക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനും മത് പരമ ഞാനായിരിക്കട്ടെ ലക്ഷ്യം എന്ന് പറയാ ഹേ പാണ്ഡവ അല്ലയോ അർജുന മത്കർമ്മകൃത് നീ എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നവനാകൂ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാ മുൻപ് യത് കരോഷി യശ്നാസി യജ്ജുഹോഷി ദദാസി യത് യപസി കൗന്ദേയ തത്കുരുഷ മതർപ്പണം ഭഗവാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മത്കർമ്മകൃത് എനിക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനും മത് പരമ ഞാനായിരിക്കട്ടെ ലക്ഷ്യം എന്ന് പറയാം നമ്മുടെയൊക്കെ ലക്ഷ്യം വേറെ പലതും ആ പക്ഷേ ലക്ഷ്യം വേറെ പലതും എന്ന് പറഞ്ഞാൽ നമ്മളതിന് പേര് കൊടുത്തതാ കുഴപ്പം അതായത് പേര് നമുക്ക് അത് വേണം ഇത് വേണം എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കാൻ എന്നാണ് അപ്പം ഈ സുഖമായിട്ടിരിക്കാനുള്ള വിദ്യയല്ലേ ഈശ്വരാന്വേഷണം എന്ന് ചോദിച്ചാലും അതെ അപ്പം ഇത് സമയ ഒരുപാട് സമയമെടുക്കും ഇത് തിരിച്ചറിയാൻ അതാണ് ഒരുപാട് സമയം ഇത് തിരിച്ചറിയാൻ എടുത്തിട്ട് എന്താ ഫലമുള്ളത് നമ്മൾ ഈ അടുത്ത് ഒരു കഥ വായിക്കുകയും എന്ത് രസമുള്ള കഥയാണെന്നറിയോ നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് അത് വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കഥയാണ് വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള കഥയാണ് ഉം ചെറുകഥയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം കേൾക്കാത്തവര് കുറവായിരിക്കും പ്രത്യേകിച്ച് ടീച്ചേഴ്സും അങ്ങനെയുള്ളവരൊക്കെ കേൾക്കും ഡയമണ്ട് നെക്ലേസ് എന്നാണ് കഥയുടെ പേര് അല്ലേ കേട്ടിട്ടുണ്ടാവണം കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടുകൊള്ളു സ്വാമി വിവേകത്തിൽ പറയാം ഉം ഒരു ഭാര്യാ ഭർത്താവ് ഭാര്യയ്ക്ക് വലിയ രീതിയിലൊക്കെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കുറച്ച് സുന്ദരിയാണ് കുറച്ചല്ല നല്ല സുന്ദരിയാണ് കഥയിൽ പറയണു സ്വാമി കൂട്ടിച്ചേർക്കല്ല അപ്പൊ അവക്ക് ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിൻ്റെ ജോലി വീട്ടിലെ സൗകര്യങ്ങളൊന്നും പോരാ അവരെ സംബന്ധിച്ച് എപ്പോഴും കുറച്ച് ആശുപൂഷാണ് നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു ദിവസം ഇദ്ദേഹം എന്താ ജോലിയിൽ പ്രമോഷൻ കിട്ടി അപ്പോൾ പ്രമോഷൻ കിട്ടിയപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് ആ സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു പാർട്ടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പാർട്ടി അവരുടെ വിദേശത്തിലുള്ള കഥയാണ് പാർട്ടിക്ക് വിളിച്ച് അവരുടെ പാർട്ടിക്ക് പോകാൻ അപ്പോൾ ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഇന്ന് പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞു നീ തയ്യാറാവാൻ അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരു ഡ്രസ് പോലുമില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് പാർട്ടിക്ക് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്ക് ആ നല്ലൊരു സാരി ഉണ്ടല്ലോ ആ ഡ്രസ്സുണ്ടല്ലോ അതെടുത്തു ഇടൂ അതൊക്കെ എനിക്ക് വേണം ഞാൻ ഇല്ല പറഞ്ഞു അപ്പോൾ സാൻ ഇദ്ദേഹം പാവമുള്ള ഒരു നല്ല വസ്ത്രമൊക്കെ അപ്പോൾ പിന്നെ പറയാം അതിന് മറ്റേ പൂക്കളില്ല ചെ ഇതില്ല അതില്ല എന്നൊക്കെ സാധനം അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഏതായാലും ഇവർ അടുത്ത വീട്ടിൽ പോയി അടുത്ത ഒരു ധനികരായിട്ടുള്ളവരുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് കടമായിട്ടൊക്കെ മേടിച്ചു അത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ കടമായിട്ടൊക്കെ മേടിച്ച സമയത്ത് കുറേ സാ തൂങ്ങുന്നതും അതൊക്കെ കൊടുത്തു കൂട്ടത്തിൽ അവരെന്ത് ചെയ്തു നല്ലൊരു ഡയമണ്ട് നെക്ലെസ് ഇതും കൊടുത്തു അപ്പോൾ അത് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു നല്ല ഇരിക്കട്ടെ ഞങ്ങളൊരു ഇട്ടോളൂ നല്ല നന്നായിട്ടുണ്ട് ഇട്ട് നോക്കിയപ്പോൾ ഒന്നല്ല രസമാണ് ആൾ തന്നെ ആളെ എന്താ പറയുക ഓ അങ്ങനെ പാർട്ടിക്ക് പോവുക പോയ സമയത്ത് അവിടെ ഈ വിദേശമാണല്ലോ കഥ അപ്പോൾ അവിടെ ഡാൻസ് ചെയ്യലൊക്കെ ഉണ്ട് അപ്പം ഇവർ പലരുടെ കൂടെ അങ്ങനെ ഡാൻസ് ചെയ്തു അവരൊക്കെ ഇവരെ പുകഴ്ത്തി അങ്ങനെയൊക്കെ അവരൊരു വേറൊരു ലോകത്തെ ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് ഈ വിദ്വാൻ ഇങ്ങനെ എന്ത് ഇങ്ങനെയൊരു ഇത് ഇതാണ് വേണ്ടത് വൈകുന്നേരമായ വരിക ഇങ്ങനെയൊക്കെ ഏതായാലും അവിടെ രാത്രി അവസാനം വീട്ടിലേക്ക് പോരണല്ലോ വീട്ടിലേക്കൊരു വണ്ടിയിൽ ഈ കുതിര വണ്ടിയിൽ വരുന്നു അവസാനം ഒന്നുകൂടെ താനിട്ട് തൻ്റെ വേഷം അഴിച്ചു വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ കണ്ട് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി കണ്ണാടി നോക്കുന്ന സമയത്ത് കാണാനില്ല നിങ്ങൾ പേടിക്കണ്ട സാധനം കാണാനില്ല അത് എങ്ങനെ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ ഉള്ളിൽ നിന്നൊരു വലിവ എന്നൊന്ന് പറയാം ആ ഒരൊറ്റ വലിവില് ഒരഞ്ചു വയസ്സ് അങ്ങോട്ട് കുറഞ്ഞു കാരണം ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാ നമ്മളെ കൊണ്ട് ഈ ജമ്മത്ത് പറ്റുന്ന കാര്യമല്ല ഭർത്താവിനോട് പറഞ്ഞു കാണുന്നില്ല അങ്ങോരും പിന്നെ ഏതായാലും മൂന്ന് ദിവസമോ നാല് ദിവസമുണ്ട് അവർ വരാൻ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും കൊടുക്കണം പിന്നെ ആലോചിച്ചപ്പോൾ ഒരു വഴിയില്ല വീട് ഉള്ള വീട് വിൽക്കുക സുഹൃത്തുക്കളുടെ അടുത്തു നിന്നൊക്കെ കടമ മേടിക്കുക പിന്നെ അതായി അത് ചെയ്തു അവൾ പോയി നോക്കി മാർക്കറ്റിൽ ഒരു ഡയമണ്ട് ഷോപ്പ് കണ്ടു ജ്വല്ലറി കണ്ടു കയറിയപ്പോൾ അവിടെ ഇങ്ങനെ ഈ കഴുത്ത് ജീവനില്ലാത്ത കഴുത്തുണ്ടല്ലോ അതിലെങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ ഇതുപോലെ തന്നെയാണ് വില ചോദിച്ചു ലക്ഷങ്ങളാണ് അങ്ങനെ വന്നിട്ട് ഇത്ര വില കൊടുത്ത് ഈ വിറ്റതും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് അത് മേടിക്കണം ഇവർ വന്നപ്പോൾ അത് കൊടുക്കണം ഇവർ വളരെ റിമോട്ടായിട്ടുള്ളൊരു ഏരിയയിലേക്ക് താമസം പിന്നെ ഈ സ്ത്രീ ജോലി ചെയ്യാൻ പോകുന്നു വളരെ കഷ്ടപ്പാടുള്ള ജീവിതം വളരെ ഒരഞ്ച് വർഷം കൊണ്ട് ഇവർക്കൊരു പത്തിരുപത്തഞ്ച് വയ എന്താ തലനരയ്ക്കലും ദേഹം ചുളിയലും ഓക്കെ അത്രയും ഭാരിച്ച് ഉത്തരവാദിത്വം വന്നു വീണു എന്ന് പറയുക അങ്ങനെ അഞ്ച് കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് ചെട്ടിയിൽ മത്സ്യം വയ്ക്കുന്ന ആ അവിടെ വെച്ചിട്ട് ഈ സ്ത്രീ ആ സ്ത്രീയെ കാണുക ഈ ഡയമണ്ട് ഇത് കൊടുത്ത് അവരെ കാണുക അപ്പോൾ അവർക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ നീ ഒറ്റ ഒരുത്തിയാണ് എന്നെ ഇങ്ങനെയാക്കിയത് എന്ന് നമുക്കങ്ങനെ തോന്നുമല്ലോ ഒരു മദ്യം ഒരുപാട് കഴിക്കുന്ന ഒരാൾ കൗൺസിലിങ്ങിന് പോയ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താ ഇത് എന്താ സാറേ പറയുക അതായത് എൻ്റെ കൂട്ടുകാരാണ് എന്നെ ഇങ്ങനെയാക്കിയത് മഹാ എന്താ പറയുക അവന്മാർ ഞാനൊരു കുപ്പിയായിട്ട് ഇരിക്കും ഒരാളും എനിക്ക് കമ്പനി തരില്ല പിന്നെ ഞാൻ എന്തു ചെയ്യും ഒരാൾ പോലും എനിക്ക് കമ്പനി തരാത്തപ്പം ഞാൻ ഇങ്ങനെ എന്നത് പോ അങ്ങനെയാണ് നമ്മളെ ന്യായീകരിക്കുക നമ്മളെ നമുക്ക് പറ്റുന്ന വീഴ്ചകളിൽ നമ്മൾ മറ്റുള്ളവരെ പഴിച്ചായിരുന്നു എന്ന് പറയാം അപ്പം ഇവരും അതുപോലെ ഇവളാണ് ഇങ്ങനെയാക്കിയതെന്നൊക്കെ പറഞ്ഞു ഏതായാലും അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു ചെന്ന സമയത്ത് പെട്ടെന്ന് അവൾ വിചാരിച്ചു ഏതോ ധർമ്മക്കാരിയാണെന്ന് വിചാരിച്ച് പേഴ്സ് പറഞ്ഞ് എന്തോ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് അവർ തിരിച്ചറിയുകയാണ് നീ നിനക്കെ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പം നീ കാരണ ഞാൻ ഇങ്ങനെയായത് എന്ന് പറഞ്ഞു എന്ത് പറ്റി നിന്നോട് അന്ന് ഞാൻ മേടിച്ചില്ലേ ആ ഒരു ഡയമണ്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പിന്നെ അത് തിരിച്ചു തരാൻ വേണ്ടി ഞങ്ങളുടെ ഉള്ള സമ്പാദ്യം മുഴുവൻ വിറ്റ് ഇങ്ങനെയൊക്കെ ഞാനിതാണ് അതങ്ങനെയാണ് തന്നത് അപ്പം അവൾ പറയുക ഓ മൈ ഡിയർ അത് ഒറിജിനലായിരുന്നില്ലല്ലോ അതെന്തോ ഇരുന്നൂറ് രൂപയുടെ ഒരു സാധനമായിരുന്നു പക്ഷേ ഇത് അറിയുന്ന സമയത്തുണ്ടല്ലോ ആറു വർഷം അങ്ങോട്ട് പോവും പിന്നെ നമ്മുടെ ആരോഗ്യം മൊത്തം അങ്ങോട്ട് പോയിട്ടുണ്ടാവും ഇതിൻ്റെ പിറകെങ്ങനെ ഓടി നടക്കുക ഒറിജിനലാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഭഗവാൻ പറയാണ് ഈ ഒറിജിനലിനെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല നല്ല കഥയല്ലേ മലയാളിയെ സംബന്ധിച്ച് എന്താ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാം അധ്യായത്തിൽ നമുക്ക് തോന്നാൻ അതിനൊരു പുനർവ്യാഖ്യാനം ആവശ്യമാണെന്ന് എന്താണെന്നറിയോ രണ്ടാം അദ്ധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്തേഷൂപജായതേ സംഘാത് സംജായതേ കാമഹ കാമാത്ോധോഭിജായതേ അല്ലേ അപ്പം കാമത്തിൽ നിന്ന് ക്രോധം ക്രോധോ ക്രോധാത് ഭവതി സമ്മോഹ സമൂഹാത് സ്മൃതിഭ്രംശ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ ഇതിന് പുനർവ്യാഖ്യാനം എന്ന് പറഞ്ഞാല് അതായത് എവിടുന്നാണ് ആഗ്രഹത്തിൽ നിന്നാണ് അത്ര അല്ലേ കാമത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഇപ്പൊ എന്താണെന്നറിയോ എല്ലാ ഈ സാമ്പത്തികമായിട്ട് ഇപ്പൊ കേരളത്തിനെ ഏറ്റവും കൂടുതൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കേസുകളായി സ്വാമി ഇങ്ങനെ സ്വാമിയുടെ എടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സാധനം ധ്യായതഹ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു തേഷുസംഗ ഉപജായതെ പിന്നെ ഇതുമായിട്ടാണ് പോണത് കാശേ കൊടുക്കണ്ടല്ലോ ഇവിടെ ഹോട്ടലിൽ പോലും ഓട്ടോറിക്ഷക്കാരൻ പോലും ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി സാറേ ക്രെഡിറ്റ് കാർഡാണോ കാശാണോ എവിട്ടും ഈ സാധനമുണ്ട് എവിട്ടയും ഈ സാധനമുണ്ട് അതെ ശരിയല്ലേ ഒരുപാട് ഒരുപാട് അതങ്ങനെ പിന്നെ അവിടുന്ന് വിളി അവിടുന്ന് നോട്ടീസ് വരില്ല ഒക്കെ ആവുമ്പോ നമ്മൾ വേറെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടാണ് ഇതിനെ ശരിയാക്കാൻ പോകുന്നത് ആ ഭഗവാൻ ഇന്ന് ഭഗവാൻ വ്യാഖ്യാനിച്ചിരുന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ ഉൾപ്പെടുത്തി നമ്മളതിൽ വല്ലാതെ പെട്ടുപോയിരിക്കണം എന്ന് പറയും വളരെ സൂക്ഷിക്കണം അതൊരു ചെറുപ്പക്കാരൊക്കെയാണ് അതിൽ വീണിരിക്കുന്നത് പിന്നെ ഒരു ഒരു ഒരു ഷോയും കൂടിയാണ് പെട്ടെന്ന് തന്നെ പേ ചെയ്യാൻ വളരെ സൗകര്യമാണല്ലോ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും ഒരൊറ്റ വലിയ ആൾ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വലിക്കുന്നത് സാമ്പത്തിക ബാധ്യതകളാണ് ഇന്നത്തെ പത്രത്തിൽ വരുന്ന ആത്മഹത്യകളും കുടുംബ ശൈഥില്യങ്ങൾക്കും ഒക്കെ നിദാനമായിട്ടുള്ളത് ഈ ഒരു പ്ലാസ്റ്റിക് കാർഡിന് ഇത്രയൊക്കെ സാധിക്കൂ സാധിക്കും എന്നാണ് കാരണം അതിലൊതുങ്ങിയിരിക്കുന്നു ലോകം നമുക്ക് വേണ്ടതല്ല ഇതിനകത്തുണ്ട് സൂക്ഷിക്കുക എന്ന് ബാങ്ക് മാനേജർമാരെ കണ്ടി ക്ഷമിക്കുക അതിൻ്റെ ഏജന്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക അവര് നിങ്ങളോട് പറഞ്ഞു തരും സാറേ ഇതുണ്ടെങ്കിൽ എവിടെയും കള്ളന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നിട്ടോ കള്ളന് കൊണ്ടുപോകാൻ പറ്റില്ല കള്ളൻ ആരാ കള്ളൻ കള്ളനാണ് ഈ കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ സ്വരൂപത്തെ തന്നെ കട്ടുകൊണ്ടിരിക്കുന്ന കാമൻ കാമനാകുന്ന കള്ളൻ ഉറക്കുക പറയണു ഭഗവാൻ ഹേ അർജുന മത് കർമ്മകൃത് എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനും എന്നെ പരമമായി ഞാനായിരിക്കട്ടെ നിന്റെ ലക്ഷ്യം എന്ന് പറയാ അല്ലാതെ ഈ വസ്തുക്കളിലൂടെ നീ എന്നെ തെരഞ്ഞാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ പിന്നെ കിട്ടാൻ സമയാവുന്ന സമയാവുമ്പോഴേക്കും നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് പോലും ഇത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല ഈ വോൾട്ടേജ് കുറഞ്ഞ സമയത്തെടുന്ന ബൾബുണ്ട് ആ ബൾബ് കൊണ്ടുപോയി ഈ ഓൾഡറിൽ ഇട്ട് കൊടുത്താൽ ബൾബിനെ തന്നെ കാണില്ല ഇല്ല അതുപോലെയാണ് ഒരുപാട് പ്രായമൊക്കെ ഈ അങ്ങനെ കാല് നീട്ടിയിരിക്കുമ്പോഴാ സ്വാമി ആ അഹം ബ്രഹ്മാസ്മി ഒന്ന് പറഞ്ഞു തരും യേശില്ല നമ്മുടെ സ്ഥിരകൾക്കപരിചിതമാണ് അത്തരം ശബ്ദങ്ങളൊക്കെ അതുകൊണ്ട് ഭാരതീയ ആചാര്യൻ ഋഷി ചെറുപ്പത്തിൽ തന്നെയാണ് ഇതൊക്കെ ബോധിപ്പിച്ചിട്ടുള്ളത് ആദ്യം തന്നെ കേൾക്കട്ടെ പരിചയമാകട്ടെ നമ്മുടെ നാഡീ ഞരമ്പുകൾക്കൊക്കെ ഈ ഉപനിഷത്തും ഗീതാ വാക്യങ്ങളുമൊക്കെ അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചോളൂ ഗീതയും മറ്റും വലുതാവുമ്പം ബോധിച്ചോളൂ അപ്പൊ ഞാനായിരിക്കട്ടെ പരമം ഞാൻ പരമമായി കഴിഞ്ഞ ഇത് നമ്മൾ തെറ്റിദ്ധരി നി നമുക്ക് എന്താ ഈ കുഴപ്പമെന്ന് പറഞ്ഞാല് പറയട്ടെ അതായത് ഭഗവാനെ പരമാക്കി കഴിഞ്ഞാൽ അയ്യോ സ്വാമി അപ്പം ഭൗതികമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം ഇപ്പൊ എങ്ങനെയാ അല്ല അത് അല്ലേ നമുക്കൊരു പേടി എന്താണെന്നറിയോ ഭഗവാനെ പരമമായി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് മറ്റു കാര്യങ്ങളൊക്കെ നന്നാവണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ വഴി ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടാവൂ എപ്പോഴെങ്കിലുമൊക്കെ എന്താണ് ഭഗവാൻ മാത്രം ബാക്കിയുള്ളവർക്ക് ഉപേക്ഷിക്കുമെന്ന് ഭഗവാനെ സ്വീകരിച്ചു കഴിഞ്ഞാലാണ് മറ്റുള്ളതിനൊക്കെ ഉണ്മ ഉണ്ടായിരിക്കുന്നത് ഏതിനും വീട്ടിലൊരു കണുകും കടുകുമണി പോലും അതിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവും അപ്പം ജീവിതം ധന്യമാവും ഇപ്പം എന്താണെന്നറിയാം ഒന്നിനൊരു ശ്രദ്ധയുമില്ല എന്നിട്ട് ഭഗവാനിൽ ശ്രദ്ധ വെച്ചിരിക്കുക അവിടെ എങ്ങനെ ശ്രദ്ധ കിട്ടാൻ അതും എന്ന് പറയും അതും ഇല്ല അതുകൊണ്ട് ഭഗവാൻ ഇവിടെ മത് പരമഹ എന്ന് പറയുമ്പം എല്ലാറ്റിൻ്റെയും കേന്ദ്രം ഞാനാണ് ആ ഏതാ ഏതിലാണോ നീ നോക്കുന്നത് അതിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് ഞാനാണ് അപ്പൊ ഞാനായിരിക്കട്ടെ ലക്ഷ്യം മത്ഭക്ത എന്നെയാണ് ഭജിക്കേണ്ടത് എന്ന് പറയാം മത്ഭക്ത അതിനെന്ത് വേണം സംഘവർജിത ഞാനല്ലാത്തതിനെ ഞാനെന്ന് കരുതാതിരിക്കൂ സർവഭൂതേഷു നമ്മളെ കുഴക്കുന്നതാണ് ഗീത സർവഭൂതേഷു നിർവൈര എവിടെയാ എവിടെയാണ് യുദ്ധം ഭഗവാൻ പറഞ്ഞു കൊടുക്കുക സർവഭൂതേഷു എന്ന് പറയുമ്പം ദുര്യോധനാദികൾ പെടില്ലേ ബ്രാക്കറ്റിലിട്ട് വയ്ക്കണമല്ലോ എന്നാൽ ദുര്യോധനാദികളെ ഒഴിവാക്കിക്കൊണ്ട് വ്യാസഭഗവാന് സർവഭൂതേഷു എന്ന ശബ്ദം ഒരു വാക്യം രചിക്കാനുള്ള കഴിവുണ്ടോ ആർക്കും എന്ന് പറയാം എന്താ വ്യാസർക്ക് അറിയില്ലേ സംസ്കൃതം പറയുന്ന ഭഗവാൻ അറിയില്ലേ അപ്പൊ സർവഭൂതേഷു എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നൊഴിയാതെ ദ്രോണരും ദുര്യോധനനും ദുഃശാസനും ധ്രുതരാഷ്ട്രരും എല്ലാം പെട്ടു സർവഭൂതേഷു നിർവൈര എല്ലാ ജീവജാലങ്ങളോടും ദ്വേഷത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്തവനായിരിക്കും അതുകൊണ്ടാ സ്വാമി പറഞ്ഞത് ഇതുവരെ കണ്ട യുദ്ധങ്ങളൊക്കെ തെറ്റ് ഇതുവരെ കേട്ട യുദ്ധങ്ങളെല്ലാം തെറ്റ് ശരിയായ ഒരേ ഒരു യുദ്ധം മഹാഭാരത യുദ്ധം ഒരൊറ്റ യുദ്ധം ഭഗവാൻ അവിടെ നിന്നു എന്നതുകൊണ്ട് ഈ പക്ഷത്ത് നമുക്ക് നമുക്ക് അങ്ങേയറ്റത്തെ കുഴപ്പമാണ് എങ്ങനെ ഇത് എന്ന് ഇതാ കേട്ടോളൂ ഇതാണ് അതിൻ്റെ ഇതിനെ പോയിട്ട് നന്നായി ധ്യാനിച്ച് അതിൻ്റെ തലങ്ങും വിലങ്ങും അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ഇത്തരത്തിലൊരു ഒരു പണി ഒപ്പിച്ച് നിർവൈരഹ കുറച്ച് മുമ്പ് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ പറഞ്ഞത് നിർവൈരഹ ഒരു തരത്തിലുള്ള വൈരം വേണ്ട എന്ന് പറയാം യഹ യാതൊരുവനാണോ സഹ അവൻ മാം ഏതി എന്നെ പ്രാപിക്കുന്നു യുദ്ധഭൂമിയിൽ എന്നെ പ്രാപിക്കാനുള്ള വിദ്യ ഇതും പറഞ്ഞ് ഭഗവാൻ പതിനൊന്നാം അധ്യായം വിശ്വരൂപ ദർശന യോഗം പൂട്ടിവെച്ചു